സാശിവസമാരംഭാ ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യ വേ ഗുരുപരംപരാതി സ്മൃതിപുരാ കരുണാലയം നമു ഭഗവത്പാദം Shankaram ലോകശങ്കരം Shankaram ശങ്കരാചാര്യ കേശവം വാദരാണ സൂത്രഭാഷ്യതൗ വേ ഭഗവതപുനഃരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവ്യാത്തേ ദക്ഷിണമൂർത്ത ഭഗവത്ഗീത ഒന്നാം അധ്യായം ആരംഭിക്കുകയാണ് ഒന്നാം അധ്യായം കേൾക്കാൻ നിങ്ങൾ റെഡിയായോ അർജുന വിഷാദ യോഗം അധ്യായത്തിന്റെ പേര് ഓം നമോ ഭഗവതേ വാസുദേവായ ओम श्री परमात्मने ീകൃഷ്ണ പരമാത്മന അഥ പ്രഥമോധ്യയ അർജുന വിഷാദയോ ധൃതരാഷ്ട്ര ഉവാചധേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗം എന്ന പേര് അർജുന വിഷാദ യോഗം എന്ന് ഈ അധ്യായത്തിന് പേര് നൽകിയതൊക്കെ പിന്നീടാണ് മഹാഭാരതത്തിൽ അങ്ങനെ കാണില്ല മഹാഭാരതത്തിലെ ഗീതാപർവം എന്നാണ് ഇതിന് പേര് അഞ്ചാം പർവത്തിൽ ഭീഷ്മ അഞ്ചാം പർവം ഭീഷ്മ പർവത്തിൽ ഇരുപത്തഞ്ചാമത്തെ അധ്യായം ഗീതാപർവം അല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് മുൻപായിട്ട് തന്നെ ഗീതാപർവം തുടങ്ങുന്നുണ്ട് പതിമൂന്നിലാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ സഞ്ജയൻ മാത്രമല്ല വ്യാസർ വരുന്നു വ്യാസൻ വന്ന് വ്യാസരും ധൃതരാഷ്ട്രരും തമ്മിൽ അതിഗംഭീരമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയിലാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വ്യാസൻ പറയുന്നുണ്ട് തന്റെ പുത്രൻ തന്നെയാണല്ലോ പറയുന്നു അങ്ങ് ഇതിനെക്കുറിച്ച് അറിയണം അങ്ങയുടെ പുത്രന്മാരും അതുപോലെ പാണ്ഡവന്മാരും തന്നെ ഈ യുദ്ധം കൊണ്ട് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അങ്ങേക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കാഴ്ച തരാം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണ് സഞ്ജയൻ അത് കൊടുക്കുന്നത് ഇവിടെ ഒരു ചോദ്യമുണ്ട് സ്വാമി അതിനെക്കുറിച്ച് പറയാം ഈ സഞ്ജയനും ധൃതരാഷ്ട്രനും തമ്മിൽ കുറെ സംസാരിക്കുന്നുണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് വ്യാസ ഭഗവാൻ പറയുന്നു സഞ്ജയന് ഞാൻ ദിവ്യമായിട്ടുള്ള പല വരങ്ങളും നൽകുന്നുണ്ട് അതുകൊണ്ട് സഞ്ജയന് യുദ്ധഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിക്കാം സഞ്ജയനെ സഞ്ജയൻ സഞ്ജയനെ മുറിവേൽപ്പിക്കാൻ പോകുന്ന ചരങ്ങളൊന്നും കുരുക്ഷേത്ര ഭൂമിയിൽ ഉണ്ടാവില്ല അപ്പൊ സഞ്ജയൻ ഒരു പ്രകാരത്തിലും മുറിവേൽക്കുന്നതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വ്യാസര് പോവാന അങ്ങനെ സഞ്ജയൻ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധങ്ങളെല്ലാം നേരിട്ട് കാണുകയാണ് നേരിട്ടിട്ട് അല്ലാതെ ഒരിക്കലും മനസ്സിലാക്കരുത് ഹസ്തനപുരിയിലിരുന്ന് ടി വി കാണുന്നത് പോലെ കുരുക്ഷേത്രത്തിലെ പ്രോഗ്രാം കണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് അങ്ങനെയല്ല സഞ്ജയൻ നേരിട്ട് പോയി കണ്ട് പത്താമത്തെ ദിവസം ഭീഷ്മ പിതാമഹൻ അർജുനന്റെ ശരങ്ങളേറ്റ് വീണതിന് ശേഷം ഹസ്തനപുരിയിലേക്ക് വന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് കാര്യങ്ങൾ പറയുന്നതാണ് കുറേ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞ ശേഷം ധൃതരാഷ്ട്രം ചോദിക്കുകയാണ് എന്താണവിടെ സംഭവിച്ചത് എന്ന് അങ്ങനെയാണ് ഗീത ഭഗവത്ഗീത ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രന്റെ ചോദ്യത്തോട് കൂടിയിട്ട് തുടർന്നു വരുന്ന പതിനെട്ട് അധ്യായങ്ങൾ അപ്പൊ ഭഗവത്ഗീതയെ നമുക്ക് ഈ മഹാഭാരതത്തെ ഒക്കെ മാറ്റിയിട്ട് മഹാഭാരതത്തിലെ മറ്റ് ആ യുദ്ധവും മറ്റ് എന്താ കാര്യങ്ങളൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് കാണാൻ ഒരു ശ്രമം നടത്തുകയാണെങ്കിലും ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളതാണ് അതിനായിട്ട് വ്യാസൻ തന്നെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് എന്തിനായിട്ടാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞത് ഇതെല്ലാം കഥകളെന്നാണ് വ്യാസഭഗവാൻ വിശേഷിപ്പിച്ചത് എന്തിനാണ് ഞാനിത് പറഞ്ഞത് പറയണോ ഇമാ കഥാസ്തേ കഥിതാ മഹീയതാം വിതായ ലോകേഷു യശ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം ഭാഗവതത്തിലും കാണാം അറിയണോ ഇമാ കഥാ ഈ കഥകളെല്ലാം തേ കഥിതാഹ ഞാൻ അങ്ങയോട് പറഞ്ഞിരിക്കുന്നു ഞാൻ എന്തൊക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്തൊക്കെയാണോ അങ്ങയോട് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ഈ കഥകളെല്ലാം തന്നെ എന്താണ് മഹീയസാം യശവിതായ മഹാത്മാക്കളുടെ മഹാ മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ യശസ്സിനെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്തിന് ലോകേഷു പരേയുഷാം ഈ ലോകത്തിൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനായിക്കൊണ്ട് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വിജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ഞാൻ ഈ കഥ പറഞ്ഞത് ഈ കഥയിൽ നിന്ന് നീ കാര്യം ഉൾക്കൊള്ളണം എന്നിട്ട് ആ അറിവിൽ നിന്ന് ചിലതിനോട് നിനക്ക് വേണ്ട എന്ന സമീപനം വൈരാഗ്യം ജനിക്കണം വൈരാഗ്യം എന്ന് പറയുന്നത് അതിനെയാണ് രാഗമില്ലായ്മ അപ്പൊ ഇന്ന് എന്തിനൊ എന്തിനോ എന്തിന്റെയൊക്കെ പിറകെയാണോ നാം ഓടുന്നത് ആ ഓടുന്ന ഓട്ടത്തിന് ഒന്ന് വേഗത കുറയ്ക്കാൻ ഈ കഥ സഹായിക്കും അതിന് ഞാൻ ഈ കഥ പറഞ്ഞതാണ് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വാചോ വിഭൂതി എന്റെ വാക് വിലാസങ്ങളാണ് ഇതെല്ലാം വാച വിഭൂതി എന്ന് പറയുന്നത് വാചോ വിഭൂതി നതു പാരമാർത്ഥ്യം ഇത് ശരിക്കുള്ളതല്ല ആരാ പറഞ്ഞത് വ്യാസർ അപ്പൊ ഇത് ശരിക്കും സംഭവിച്ചതാണ് സംഭവിച്ചതാണ് എന്നൊരാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട ഇത് സംഭവിച്ചതല്ല എന്ന് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി സംഭവിച്ചതാണോ ആവട്ടെ ആവട്ടെ ആവാതിരിക്കട്ടെ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ളിടത്തേക്ക് ഇങ്ങനെ ഈ ദൃഷ്ടി ഊന്നി ദൃഷ്ടി ഊന്നി അവസാനം ജീവിതം വെറുതെ പോവും നമുക്ക് ഇതിലൊക്കെയാണ് താല്പര്യം അതുണ്ടോ അത് സംഭവിച്ചിട്ടുണ്ടോ എപ്പോ സംഭവിച്ചു എത്ര കാലം മുൻപോ ഈ അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നോക്കാതിരിക്കുക ഇവിടെ ഏതാ നമ്മുടെ മുൻപിൽ ഗീതയുണ്ട് ഒരിക്കലും ഒരാൾ ഈ എന്താ ഭ്രാന്താശുപത്രിയുടെ മുൻപിൽ കൂടെ പോവുക അപ്പം അവിടെയാണ് തിരുവനന്തപുരത്ത് ഇവിടെ ജില്ലയിലും അവിടുന്ന് അതിന്റെ അപ്പുറത്ത് ആ മതിലിന്റെ മതിൽക്കെട്ടിന് അപ്പുറത്തുനിന്ന് ഒരാള് പതിമൂന്ന് പതിമൂന്ന് പതിമൂന്ന് പതിമൂന്ന് പതിമൂന്ന് എന്ന് പറയും അപ്പൊ ഇത് കേട്ടുകൊണ്ട് പോകുന്ന ആൾക്ക് തോന്നി ഇതെന്താ പതിമൂന്ന് ഇയാളെന്താ പതിനാല് ചൊല്ലാത്തത് ഇയാൾക്കൊരു വിഷമം അയാളെ പതിനാല് പഠിപ്പിക്കണമെന്ന് വേറൊരാളോട് ചോദിച്ചു എന്താ അദ്ദേഹം പറഞ്ഞാൽ അതൊരു ഭ്രാന്താശുപത്രിയാണ് മാനസികമായിട്ട് സ്ഥിരതയില്ലാത്ത ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് എന്തെങ്കിലും കണക്ക് മാഷായിരിക്കും ചിലപ്പോ നമ്മൾ അതൊന്ന് നോക്കാൻ പോണ്ട ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു അല്ല ഇയാൾക്ക് അതൊന്ന് അറിയണം ആരാണ് അത് പതിമൂന്ന് പതിമൂന്ന് വീണ്ടും ഇയാൾ പതിമൂന്ന് പതിമൂന്ന് പതിമൂന്ന് ഇപ്പൊ ഇയാൾ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പതിനാല് പതിനാല് പക്ഷെ അയാളത് കേൾക്കുന്നില്ല പതിമൂന്ന് പതിമൂന്ന് സനീ മതിലിനൊരു ദ്വാരമുണ്ട് ഈ ദ്വാരത്തിന്റെ ഉള്ളുകൂടെ ഒന്ന് നോക്കാം ഇതാരാണ് എന്ന് അങ്ങനെ ദ്വാരത്തിന്റെ ഉള്ളുകൂടെ നോക്കിയപ്പം അവിടുന്ന് കമ്പ് കൊണ്ടുവരും ഒറ്റക്കുത്ത് എന്നിട്ട് അയാൾ പറഞ്ഞു പതിനാല് പതിനാല് പതിനാല് കാരണം പതിനാലാമത്തെവനായി നോക്കുന്നത് പതിമൂന്നെണ്ണം ഒരാവശ്യമില്ല മര്യാദയ്ക്ക് പോയാൽ മതി ഇപ്പൊ നമ്മൾ ഈ അനാവശ്യമായിട്ട് ഊർജത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ മനസ്സിനെ ബുദ്ധിയെ അവിടേക്ക് അങ്ങനെ ദൃഷ്ടി ഊന്നണ്ടെന്ന് പറയാം ഇതിപ്പോ സംഭവിച്ചതാണോ സംഭവിക്കാത്തതാണോ എന്ന് നിങ്ങളിപ്പോ അതിൽ പി എച്ച് ഡി എടുത്തിട്ട് എന്താ ഇപ്പൊ ബലം അങ്ങനെ ഒരുപാട് പേര് പലതിലും പി എച്ച് ഡി എടുത്തിട്ടുണ്ട് കുരുക്ഷേത്രം കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുരുഭൂമി എവിടെയാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഡൽഹിയിൽ നിന്ന് മാറി ഹരിയാന ബോർഡറാണ് ഡൽഹിയുടെ ബോർഡറിലൂടെ പോയി കഴിഞ്ഞാൽ ഹരിയാന ആ ഭാഗത്താണ് ഒരു ഡൽഹിയിൽ നിന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്ററോളം വരും പഞ്ചാബ് ഹരിയാന ആ ബോർഡറാണ് അപ്പൊ അവിടെ വളരെ വിസ്തൃതമാർന്ന ഭൂമിയാണ് ഇപ്പോഴൊക്കെ കുറേശ്ശെ കുറേശ്ശെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കുരുക്ഷേത്രം എന്നാണ് സ്ഥലത്തിന് പേര് വലിയ മ്യൂസിയമുണ്ട് പിന്നെ പലതുമുണ്ട് ഈ മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ട പലതുമുണ്ട് ഇത് സംഭവിച്ചോ സംഭവിക്കാത്ത അത് വേറെ കാര്യം ചിലപ്പോൾ ചരിത്രപരമായിട്ട് ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ യുദ്ധം ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ അവിടെ ഇപ്പോഴും ഒരു ആൽവൃക്ഷമുണ്ട് പഴയ ആൽവൃക്ഷം ആ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടാണ് നിന്നിട്ടാണ് അത്ര ഭഗവാൻ ഗീതോപദേശിച്ചത് ഗീതോപദേശ സ്ഥൽ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ആൽവൃക്ഷം ഇപ്പോഴും ഉണ്ട് എന്നാ വളരെ പഴക്കം ചെന്നതാണ് എന്നാലും അതിനൊരു യുവത്വമൊക്കെ ഉണ്ട് അതിനെ എല്ലാം കൊണ്ട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ നിന്നാണ് ഇത് നടന്നത് എന്ന് പറയുന്നു മാറിയിട്ട് ബ്രഹ്മകപാൽ എന്ന് പറഞ്ഞിട്ട് ഭ്രഹ്മാവ് ഈ പാണ്ഡവന്മാരൊക്കെ യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ എന്താ ശാപ ഈ പാപമുക്തിക്കായിക്കൊണ്ട് വന്ന് അതിൽ ആ സരസ്സിലിറങ്ങിയെന്നു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കുരുക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇടങ്ങൾ അവിടെ കാണാം മഹാഭാരതത്തെ നമുക്ക് നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുസ്തകത്തിലല്ലാതെ ഭൂപ്രദേശത്തിൽ കാണാൻ സാധിക്കും ഹിമാലയം ആ പ്രദേശങ്ങളിലൊക്കെ അപ്പൊ കുരുക്ഷേത്രം എവിടെയാണ് അപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കാം മഹാഭാരതത്തിന് രണ്ട് വശങ്ങളുണ്ട് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് സൂക്ഷ്മതലം ഒന്ന് സ്ഥൂലതലം സ്ഥൂലതലം ഈ ഭൂമിയിൽ തന്നെ പലയിടത്തും കാണാം അവിടെ ജീവിച്ചിരുന്ന മറ്റ് പലരും പലതും പല രാജാക്കന്മാരുടെ കഥ സൂക്ഷ്മതലം എവിടെയാണ് നമ്മുടെ തന്നെ ഉള്ള അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കഥാപാത്രങ്ങളും ഈ തരത്തിലൊരു യുദ്ധവും യുദ്ധവിന്യാസവും എല്ലാം കാണാം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ആ കണ്ണ് ഏത് കണ്ണ് ജ്ഞാന ചക്ഷുസ് അതാണ് ഭഗവാൻ പ്രധാനം ചെയ്തത് ഈ യുദ്ധം കാണാൻ അറിവാണ് ആ കണ്ണ് അറിവാകുന്ന കണ്ണ് എന്ന് തന്നെയാണ് പറഞ്ഞത് തൃക്കണ്ണ് മൂന്നാം കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയുടെ എവിടെയെന്ന് കരുതണ്ട അത് തുറന്നു കഴിഞ്ഞാൽ ശിവൻ അത് തുറന്നാൽ ലോകവില്ലാതിയായി പോകുന്ന പറയുന്നത് അതെ ലോകവില്ലാതി ആവുക എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് അനുഭവ മണ്ഡലങ്ങളാണ് പഞ്ചമഹാഭൂതങ്ങളാൽ സമ്മേളിതമായിട്ടുള്ളത് പിന്നെ അതിനെ വേറെ കാണാൻ പറ്റില്ല എല്ലാം ഒന്നായി തീരും പ്രളയം എന്ന് പറയുന്ന അതിന് പ്രകർഷണയുള്ള ലയം നമ്മൾ പ്രളയത്തെയൊക്കെ കരുതിയിരിക്കുന്നത് എല്ലാം കൂടെ ഒരു സുനാമി മോഡലിൽ വന്നിട്ട് അങ്ങോട്ട് അതിനപ്പുറത്തൊരു പ്രളയമുണ്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രളയം അപ്പം ഒന്നാം അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ അധ്യായം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു മഹാഭാരതത്തിലെ ഈ ഒരു പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് ഗീതയിലേക്ക് വന്നാൽ നമുക്കൊരു ചില ചില സംശയങ്ങളൊക്കെ തോന്നും കാരണം വ്യാസര് ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടർന്ന് ഈ സഞ്ജയൻ വന്നിട്ട് ധൃതരാഷ്ട്രയോട് പറഞ്ഞു ആ സഞ്ജയന്റെ ചോദ്യം കേട്ടിട്ട് ധൃതരാഷ്ട്രൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും കാരണം ഭീഷ്മരെ വീണു പത്തു ദിവസം കഴിഞ്ഞു അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഈ സംഭവം സഞ്ജയൻ പറയുന്നത് അല്ലാതെ ഹസ്തനപുരിയിൽ ഇരുന്ന് ഹസ്തനപുരിയിൽ നിന്നിട്ട് അങ്ങനെ നോക്കിയിട്ടല്ല അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു മഹാഭാരതത്തിന് നിരക്കുന്നതല്ല എന്ന് പറയാം മഹാഭാരതത്തില് ആ ഗീതാപർവത്തിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ അധ്യായങ്ങളൊന്നുമായിട്ട് അതിൽ തിരിച്ചിട്ടും ഇല്ല അതിൽ ഇങ്ങനെ പറഞ്ഞു പോവുക അതിന് പിൽക്കാലത്ത് പിന്നീടുള്ള ആചാര്യ ആചാര്യന്മാരൊക്കെ അതിന് ശ്ലോകങ്ങൾ എന്താ അധ്യായത്തിന് ഓരോരോ പേര് കൊടുത്തു ആ പേരുകൾ ഇന്ന് ആ അധ്യായത്തെ സംഗ്രഹിച്ച് നോക്കുന്ന സമയത്ത് ഈ പേരുകൾ ഈ അധ്യായത്തിന് ചേരും എന്നുള്ളതുകൊണ്ട് ഈ അധ്യായത്തിന് അർജുന വിഷാദ എന്നാണ് അർജുനന്റെ വിഷാദം യോഗത്തിനായിക്കൊണ്ട് വന്നു ചേരുന്നു സാധാരണ വിഷാദം രോഗത്തിലാണ് കലാശിക്കുക യോഗത്തിലല്ല ഭാരതീയ ദർശനത്തില് ഒരുവന്റെ വിഷാദം എങ്ങനെ യോഗമാവുന്നു വളരെ വളരെ ആലോചനാമൃതമായിട്ടുള്ള ഒന്നാണ് പാശ്ചാത്യ ദേശത്ത് ഇത് രോഗമാവും പെട്ടെന്ന് അതിന് മരുന്നൊക്കെ വേണ്ടി വരും ഇവിടെ യോഗമായിട്ട് തീരുന്നു അപ്പൊ ഇത് രണ്ടും ചേരാത്തതാണല്ലോ അതെ വിഷാദവും യോഗവും അങ്ങനെയാണെങ്കിൽ ഈ വിഷാദം എന്താണ് ഒന്നാം അധ്യായത്തിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാമി പറയാൻ പോകുന്നത് എവിടെയാണ് വിശദീകരണം വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശദീകരിക്കാം മഹാഭാരതത്തിന്റെ വെളിച്ചത്തിലൊക്കെ തന്നെ നോക്കാം നമുക്ക് സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അർജുനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തളർച്ച വന്നവൻ ഒരു എന്താ തളർവാദം പിടിച്ച ഒരാള് അങ്ങനെ ആ പെട്ടെന്ന് അർജുനന് ഒരു തളർച്ചയുണ്ടായി ആ തളർച്ചയിൽ അർജുനൻ ചോദിച്ചു ഭഗവാനെ എന്താ ഞാൻ ചെയ്യുക എന്നാ ഭഗവാൻ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തു അപ്പൊ ആ തളർച്ചയൊക്കെ മാറി അയാൾ അങ്ങട്ട് യുദ്ധം ചെയ്തു അങ്ങനെ ഈ തളർച്ച മാറാൻ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അതിന്റെ പേരാണ് ഭഗവത്ഗീത ഇത് കേട്ടുകഴിഞ്ഞിട്ടോ അർജുനന് നന്നായി യുദ്ധം ചെയ്യാൻ നല്ല വീര്യം കിട്ടി എന്നാ പിന്നെ നമ്മുടെ മിലിറ്ററിക്കാർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്താൽ മതി അവർക്ക് വീര്യത്തിന് വേറെ ഒന്നും കൊടുക്കേണ്ട എന്ന് പറയാം യുദ്ധം ചെയ്യാൻ വീര്യം പകരുന്നത് മദ്യം തന്നെയാണ് അപ്പൊ ഗീതാശാസ്ത്രം എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്താണ് യുദ്ധം ഇതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രന്റെ ചോദ്യത്തോടുകൂടിയിട്ടാണ് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുവത സഞ്ജയ ധർമ്മത്തെ പറഞ്ഞുകൊണ്ടാണോ ഗീതാശാസ്ത്രം ിക്കുന്നത് ധർമ്മമാണ് ഇതിലെ വിഷയം ശങ്കരാചാര്യ സ്വാമികൾ ഗീതയ്ക്ക് ഭാഷ്യം ചമയ്ക്കുമ്പം അദ്ദേഹം ഈ അതിനൊരു ഉപോദ്ഘാതം രചിച്ചിട്ടുണ്ട് ആ ഉപോദ്ഘാതത്തില് ഭഗവത്പാദര് പറയണോ സഭഗവാൻ സൃഷ്ട ഇതം ജഗത് തസ്യ സ്ഥിതി ചികീർഷു ചികീർഷുഹോ മരീച്യാദീൻ അഗ്രേ സൃഷ്ടുക പ്രജാപതീൻ പ്രവൃത്തി ലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദോക്തം എന്താ പറയണത് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ആയതിന്റെ ആ ജഗത്തിന്റെ ചികീർഷു അതിന്റെ സുസ്ഥിതിക്കായിട്ട് സംരക്ഷണത്തിനായിക്കൊണ്ട് മരീച്യാദീൻ അഗ്രേ സൃഷ്ടുക മരീചി മുതലായിട്ടുള്ള ഋഷീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു പ്രജാപതിൻ പ്രവൃത്തി ലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദോക്തം വേദത്തിൽ പറഞ്ഞിട്ടുള്ള പ്രവൃത്തി ലക്ഷണത്തെ ഉപദേശിച്ചു കൊടുത്തു ജഗത്തിന്റെ സ്ഥിതിക്കായിക്കൊണ്ട് പ്രവൃത്തി ലക്ഷണം തുടർന്ന് തഥ അന്യാനിച്ച അനന്തരം സനകസനന്ദനാദീൻ ഉത്പാദ്യ നിവൃത്തി ലക്ഷണം ധർമ്മം ജ്ഞാനവൈരാഗ്യലക്ഷണം ഗ്രാഹയാമാസ കുറച്ച് സംസ്കാരം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ സ്വാമി സംസ്കൃതത്തിന്റെ എ ബി സി ഡി ഞങ്ങൾക്കറിയില്ല സംസ്കൃതത്തിന് എ ബി സി ഡി ഇല്ല അതാണ് ആദ്യം അറിയിട്ട് ആ ആ ഇതാണ് അപ്പം തഥ അന്യാനിച്ച അനന്തരം സനത്കുമാരന്മാരെ ഉത്പാദ്യ ഉത്പാദിപ്പിച്ചിട്ട് സനത്കുമാരന്മാരെ സൃഷ്ടിച്ചിട്ട് നിവൃത്തി ലക്ഷണം ധർമ്മം ജ്ഞാനവൈരാഗ്യ ലക്ഷണം ഗ്രാഹയാമാസ നിവൃത്തി ലക്ഷണത്തെയും പറഞ്ഞു കൊടുത്തു അപ്പൊ ഭഗവാൻ തന്നെയാണ് സൃഷ്ടി നടത്തിയിട്ട് പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും രണ്ടും എന്താണ് വേദോക്തം വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ളതാ പറയണോ ദ്വിതോഹി വേദോക്തോ വേദോക്ത ധർമ്മ പ്രവൃത്തി ലക്ഷണ നിവൃത്തി ലക്ഷണ അപ്പൊ വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ളതാണ് നിശ്ചയമായും എന്താണ് പ്രവൃത്തിയും നിവൃത്തിയും ജഗതഹ ഇതാ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് ജഗതഹ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു ധർമ്മ പറയണോ ജഗതഹ സ്ഥിതി കാരണം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനു തന്നെ കാരണമായിട്ടുള്ളതും പ്രാണിനാം പ്രാണൻ ധരിച്ചിട്ടുള്ള പ്രാണി എന്ന് പറഞ്ഞാൽ എഴഞ്ഞു പോകുന്നത് എന്നല്ല പ്രാണൻ ധരിച്ചിട്ടുള്ള എല്ലാറ്റിന്റെയും പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയ സഹേതുഹു അവരുടെ ഉയർച്ചയ്ക്ക് ഉന്നമനത്തിന് സ്വസ്ഥതയ്ക്ക് ശാന്തിക്കൊക്കെ ഹേതുവായിട്ട് യഹ യാതൊന്നുണ്ടോ സധർമ്മ അതാണ് ധർമ്മം ആ ധർമ്മത്തെക്കുറിച്ചാണ് ഈ ശാസ്ത്രത്തില് ആദ്യം പറയുന്നത് ആ ധർമ്മം കൊണ്ടാണ് ഈ വിശ്വം നിലനിൽക്കുന്നത് മനസ്സിലായോ ആ ധർമ്മത്തിലാണ് ഈ വിശ്വം നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ ആരാണ് ആ ധർമ്മമാണ് ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും ഉപോദ്ഘാതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ പറയാം ആ ധർമ്മത്തിലാണ് ഈ വിശ്വം നിലനിൽക്കുന്നതെങ്കിൽ ഞാൻ ആരാണ് ആ ധർമ്മമാണ് ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും ഉപോദ്ഘാതത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ പറയാം അപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് അവരുടെ ഉദാഹരണത്തിനും അവരുടെ സ്വൈര്യ ജീവിതത്തിനും ഉള്ളതായിട്ടുള്ള ഉള്ളതാണ് ധർമ്മം ഇവിടെ ചിന്മയാനന്ദ സ്വാമികൾ ഭഗവത്ഗീതയ്ക്ക് ഭാഷൻ രചിക്കുമ്പോൾ സ്വാമിജിയുടെ ഗീതാവ്യാഖ്യാനത്തിൽ കാണാം ഈ ഒന്നാമത്തെ അതായത് ഭാരതീയ ദർശനങ്ങളിൽ ഭാരതീയ ആചാര്യന്മാർ ഗ്രന്ഥത്തിൻ്റെ താത്പര്യം അതിലെ പ്രഥമ ശ്ലോകത്തിലെ ആദ്യ ഭാഗവും ചരമശ്ലോകം ചരമശ്ലോകം എന്ന് പറഞ്ഞാൽ അവസാന ശ്ലോകത്തിലെ അവസാന പാദവും കൂടെ ചേർത്ത് വെച്ചാൽ ഗ്രന്ഥത്തിൻ്റെ താത്പര്യം നിർണയിക്കാം എന്നാണ് അങ്ങനെയാണെങ്കിൽ ധർമ്മക്ഷേത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ആരംഭിക്കുന്നത് ധർമ്മ ശബ്ദത്തോടുകൂടി ഗീത അവസാനിക്കുന്നതോ മമ എന്ന് പറഞ്ഞുകൊണ്ട ഗീതയുടെ എഴുന്നൂറ്റി ഒന്നാമത്തെ അവസാനത്തെ ശ്ലോകം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർ മമ നിങ്ങളുടെ കയ്യിൽ ഗീതാപുസ്തകം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ ഏതായാലും സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞമായതുകൊണ്ട് നമ്മൾ ഈ മമ വരെ കാണും മമ എന്നല്ലേ എന്ന് മമ മമ എന്ന് പറഞ്ഞാൽ എന്റെ എന്നാണ് മമ ഇവിടെ ആദ്യ അക്ഷരം അതായത് അവസാനത്തെ ശബ്ദത്തെ ആദ്യമായി കൊണ്ടുവന്നാൽ മമ അടുത്തത് ധർമ്മ മമധർമ്മ എന്റെ ധർമ്മം ചോദ്യം കിം അക്കുർവത എന്തു സംഭവിച്ചു എന്നാണ് എന്ത് ഗംഭീരാ നോക്കൂ എന്റെ ധർമ്മത്തിന് എന്താണ് സംഭവിച്ചത് ഇതാണ് ഗീതയുടെ താത്പര്യം എന്താണ് എന്നിൽ സംഭവിക്കുന്നത് പുറത്തെന്താ സംഭവിക്കുന്നതല്ല അവിടെ പതിമൂന്ന് പതിമൂന്ന് ഉണ്ടാവും അങ്ങോട്ട് നോക്കേണ്ട പക്ഷെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടേക്കാണ് അതെന്താ അടുത്ത വീട്ടിലൊരു കത്ത് വന്നാൽ മതി ആരുടെ ആ കത്ത് ഇവിടെ നിന്ന് എന്താ വിശേഷം എന്നെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ മകന് ഫോൺ വന്നു കുറച്ചു നേരം സംസാരിച്ചു അവൻ ആരുടെയാണ് ഇട അതെന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ജി എപ്പാണോന്ന് ജി എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട് നമ്മൾ ഇതുപോലെ സംസാരിക്കുമ്പോ പറഞ്ഞു ആദ്യം വേറൊരു കുട്ടി പറഞ്ഞു അവൻ ജി എപ്പായിട്ട് സംസാരിക്കുകയാണ് ശരി അപ്പോഴേ നമുക്ക് പോണമെന്ന് സ്വാമി സംസാരിക്കുമെന്ന് ചോദിച്ചാൽ സ്വാമി ആരോടാ സ്വാമി ജി എപ്പായിട്ടാണ് സ്വാമിക്ക് ജി എഫ് അതെ ഗ്രാൻഡ് എന്ന് പറയാം ഒരു എന്താ അവര് പോണം നമ്മുടെ കുട്ടിയൊക്കെ തന്നെ വന്നാൽ മതി എല്ലാം അറിയണം ാവശ്യമായിട്ടുള്ളത് ആവശ്യമുള്ളൂ ആവശ്യമുള്ളത് അറിയോ അതില്ലാവശ്യമായിട്ടുള്ള ഓ കുട്ടികൾക്ക് തന്നെ ഇങ്ങനെ ഇത് വരും അപ്പൊ മമധർമ്മക്കും എന്റെ ധർമ്മത്തെക്കുറിച്ച് ആലോചിക്കും എന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ആര് ചിന്തിക്കും പിന്നെ ഞാൻ ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം ആര് നോക്കും അപ്പം ഇവിടെ ചോദ്യം ഗംഭീരാണ് നിങ്ങൾ ശ്ലോകം മനനം ചെയ്യാൻ ഒരു ശ്രമം നടത്തുക ധൃതരാഷ്ട്ര ഉവാചക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായമകുർവത സഞ്ജയാ സ്വാമി സാമാന്യമായിട്ടൊന്ന് പറയാം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമകാഹ പാണ്ഡവാഹ കിം അക്കുറവത ചോദിച്ചത് ധൃതരാഷ്ട്രൻ ആരാണ് ധൃതരാഷ്ട്രൻ ഇതാണ് ഒന്നാമത്തെ ചോദ്യം കണ്ണു കാണാത്തവൻ അന്തൻ കുരുടൻ എന്താണ് ധൃതരാഷ്ട്രന്റെ കണ്ണു കാണായികണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്തവൻ ആരോ അവനാണ് ധൃതരാഷ്ട്ര കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്തത് അപ്പൊ ഈ കാഴ്ചപ്പാടിന് പല തലങ്ങളുണ്ട് ഞാനാരെന്ന് ഞാൻ അറിയുന്നതെങ്ങനെ ഈ വിശ്വമെന്തെന്ന് ഞാൻ കാണുന്നതെങ്ങനെ എനിക്ക് പല രീതിയിൽ കാണാം എനിക്കൊരു പുഷ്പത്തെ കാണുന്ന സമയത്ത് ഇങ്ങനെ കുറെ പുഷ്പങ്ങളുണ്ടെങ്കിൽ ബ്രോഡ്വേ കൊണ്ടു കൊടുത്താൽ ഇത്ര കാശ് കിട്ടും എന്ന കച്ചവട കണ്ണുകൊണ്ട് എനിക്ക് കാണാം കച്ചവട കണ്ണുകൊണ്ട് വേണമെങ്കിൽ പുഷ്പത്തെ നോക്കാം ആ കച്ചവട കണ്ണില്ലാതെ ഒരു കവിയുടെ ഭാവത്തോടുകൂടി കവി മനസ്സോടുകൂടിയിട്ട് ആ പുഷ്പത്തെ നോക്കാം ഞാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നത് കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്തവനാരോ അവൻ ധൃതരാഷ്ട്രനാണ് എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രന്റെ ധൃതരാഷ്ട്രത്വം ഇരിക്കുന്ന തലങ്ങൾ അതിന്റെ മാനങ്ങൾ പലതാണ് അതിനെ ഇവിടെ അന്ധത എന്ന് ചിത്രീകരിച്ചിരിക്കും കണ്ണ് കാണായിക ബാഹ്യമായതിനെ കേവലം കാണായികയല്ല കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണായിക ഇങ്ങനെയുള്ള കണ്ണുപൊട്ടന്മാരുടെ കൂടെ കൂടിയാലോ മറ്റുള്ളവനും കണ്ണു കെട്ടേണ്ടി വരും അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് കണ്ണ് കെട്ടേണ്ടി വരുന്നത് അല്ലെ പലപ്പോഴും നമ്മളങ്ങനെയല്ലേ കണ്ണടക്കില്ലേ നമ്മൾ അതെന്നെയല്ലേ പറയാറ് ഞാൻ കണ്ണടച്ചതുകൊണ്ടാ അവൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത് ഞാൻ അന്ന് ശരിയാക്കിയാലുണ്ടല്ലോ അന്ന് ജയിലിലായിരിക്കും ഇല്ലേ ഞാൻ കണ്ണടച്ചു കാരണം ഞാൻ കണ്ണടയ്ക്കാതിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഞാൻ കൂടുതൽ കൂടിയത് അങ്ങനെ അങ്ങനെയുള്ള ഒരാളുടെ കൂട്ടുക അപ്പൊ ധ്രുതരാഷ്ട്രന്റെ ധൃതരാഷ്ട്രനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്തവൻ എന്ന് ഈ ധൃതരാഷ്ട്രൻ അച്ഛനോട് പറയുന്നുണ്ട് വ്യാസരോട് പറയുന്നു എപ്പോഴാ പറയുന്നത് ഈ ഉപദേശത്തിനൊക്കെ മുൻപായിട്ട് സഞ്ജയൻ വരുന്നതിനു മുൻപായിട്ട് ഈ ഗീതാപർവത്തില് പറയുന്നു യഥാ ഭവാൻ വേത്തി തഥാസ്മി വേത്ത ഭവാഭവോമേ വിദുതോ യഥാർത്ഥോ സ്വാർത്ഥേ സമ്മുഹ്യതി താതലോക മാം ചാപി ലോകാത്മകമേവ വിദ്ധി അച്ച എങ്ങനെയാണോ അങ്ങ് ധർമാധർമ്മങ്ങളെ അറിയുന്നത് അതുപോലെ ഞാനും അറിയുന്നു നമ്മളും ഇത് പറയാറുണ്ടെങ്കിൽ നമ്മിൽ ധൃതരാഷ്ട്രത്വമുണ്ട് എന്നറിഞ്ഞോളൂ നമ്മളെ നോക്കാൻ വേണ്ടിയുള്ളതാണ് ശ്ലോകം എനിക്കും അറിയാം നിങ്ങളധികമൊന്നും പറയേണ്ട എന്തറിയാം നിനക്ക് നല്ലതും അറിയാം ചീത്ത അറിയാം ധർമാധർമ്മങ്ങളെക്കുറിച്ച് എനിക്കറിയാം നിങ്ങളൊക്കെ എന്തറിയോ അതൊക്കെ എനിക്കും അറിയാം അച്ഛനോടാ പറയണം അച്ഛ അച്ഛൻ എന്തൊക്കെ അറിയാം അതൊക്കെ എനിക്കും അറിയാം യഥവാൻ വേത്തി തഥാസ്മി വേത ഭവാഭവോ മേ വിധിതൗ യഥാർത്ഥ പക്ഷേ സ്വാർത്ഥേ സംമുഹ്യതി താത ലോക ഹേ താത ച ലോക സ്വാർത്ഥി സമ്മുഹ്യതി ലോകം സ്വാർത്ഥതയാൽ കാമനയാൽ മുഹ്യതി മുങ്ങിയിരിക്കുന്നു എവിടെ നോക്കിയാലും കാമന മാത്രം മാം ചി ലോകാത്മകമേവ വിധി ഞാനും അതുകൊണ്ട് ലോകത്തിനനുസരിച്ച് പോകുന്നു ഈ ഒരു ധൃതരാഷ്ട്രന്റെ വാദം ഈ ഒരു ധൃതരാഷ്ട്രൻ സഞ്ജയ ഈ വ്യാസരോട് സ്വപിതാവിനോട് പറഞ്ഞത് ഇന്നും ഇതുപോലെ സംസ്കൃതത്തിലല്ലെങ്കിലും നമുക്ക് കേൾക്കാം എവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോളും പലരും പറയാറുണ്ട് ഇത് എന്താ അവര് പറയുന്നത് ചില ഓഫീസുകളെ കുറിച്ചൊക്കെ ചോദിച്ചു നോക്കൂ എന്താ നിങ്ങളുടെ ഈ ഓഫീസ് ഒരു ഉത്തരവാദിത്വനു ഒരു ഫോൺ പോലും എടുക്കാൻ അവിടെ ആരുമില്ല അതിപ്പം എന്താ ചെയ്യ അതിപ്പം ഞാൻ വരുമ്പോ ഇതിലും കഷ്ടം അതിന്റെ കാര്യം ഞാൻ വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാനും ഇങ്ങനെ പോണു അല്ലേ ഇതൊന്നും നന്നാക്കാൻ പറ്റില്ല ഇത് നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് ലോകാത്മകമേവ വിദ്യ ഞാനും അതിനനുസരിച്ച് പോകും ഇതിനെയാണ് ധ്രുതരാഷ്ട്രത്വം എന്ന് ഭാരതം പറയുന്നത് ധ്രുതരാഷ്ട്രത്വം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ വ്യക്തമായ സത്യബുദ്ധി പ്രാവർത്തികമാക്കാൻ പറ്റായിക കാര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയാം പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥ ഇതിന്ന് സമൂഹത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ധൃതരാഷ്ട്രം സജീവമായിട്ട് ഉണ്ട് എന്ന വ്യക്തമായ സത്യബുദ്ധി കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം ജാനാമിധർമ്മം ജാനാമ്യധർമ്മം ജാനാമിധർമ്മം നജമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നജമേ നിവൃത്തി ധർമ്മമറിയാം പ്രവർത്തിക്കാൻ വയ്യ അധർമ്മമറിയാൻ നിവർത്തിക്കാൻ വയ്യ ഇതും മൂപ്പര് പറഞ്ഞ ഇത് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ കാണുന്നില്ലേ പലയിടത്തും ഇല്ലേ ഉണ്ട് റോഡിനെ കുറിച്ച് നിങ്ങൾ പി ഡബ്ല്യു ഡി ആയിട്ട് പറഞ്ഞു നോക്കൂ പി ഡബ്ല്യു ഡിയിലെ താഴേക്കുള്ള ഓരോരുത്തരോടും ചോദിക്കൂ ഓരോരുത്തരും ഓരോരുത്തരെ കുറ്റം പറയും ഇതെടുക്കുന്ന കരാറുകാരനോട് ചോദിക്കൂ കരാറുകാരൻ പറയും പിന്നെ എത്ര പേർക്ക് എത്ര കൊടുത്തിട്ടാണെന്നറിയൂ ഈ ഇത് ചെയ്യുന്നത് തന്നെ ഒരിക്കൽ കേരളത്തില് ഒരു സ്ഥലത്ത് രാഷ്ട്രപതി വരുന്നു രാഷ്ട്രപതി വരുന്നത് പെട്ടെന്നാണ് അപ്പൊ അദ്ദേഹം റോഡ് മാർഗം കുറച്ച് പോകുന്നുണ്ട് അപ്പൊ ഈ റോഡുകളൊക്കെ കൊണ്ടും കൂഴിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡൊക്കെ ഒന്ന് അടയ്ക്കണം ഗവൺമെന്റ് എന്ന് ടെൻഡർ വിളിച്ചിട്ടൊന്നും സമയത്തിനൊന്നും ആരെയും കിട്ടുന്നില്ല അവസാനം വകുപ്പ് മന്ത്രി വിചാരിച്ചു ഇതിപ്പോ എങ്ങനെ എങ്ങനെ എന്താ ഇതിപ്പോ ചെയ്യാൻ ആർക്കാ ഇതിപ്പോ എത്ര പരിചയം ഇങ്ങനെ പെട്ടെന്ന് ഇതൊന്ന് അടച്ചു തീർക്കാൻ അങ്ങനെ ഒരു രാത്രി ഈ അവര് വലിയ വണ്ടിയും എടുത്തിട്ട് പോലീസ് വണ്ടിയും എടുത്തിട്ടങ്ങോട്ട് ഇതാ ഇറങ്ങിയിരുന്നു രാത്രി സകലമാന തട്ടുകടയുണ്ടല്ലോ തട്ടുകടയിലെ ആളുകളെ ഈ ഓംലേറ്റ് അടിക്കുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കയറ്റി ഇവരെ പോലെ പരിചയമുള്ള വേറെ ആരുമില്ല അവര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ച് അങ്ങോട്ട് ഒരു പരത്തല്ല എന്നിട്ട് കുറച്ച് കുരുമുള കൂടി ഇത് ഇട്ടിട്ട് ഒരു ഇതുപോലെ അങ്ങോട്ട് കുറച്ച് ടാർ അങ്ങോട്ട് ഒഴിക്കുക കുറച്ച് ഈ സാധന ഒരു പൊടി വേറെ രാഷ്ട്രപതി പോയി കഴിയുമ്പോഴേക്കും ഓംലറ്റ് പോലെ ഇതങ്ങോട്ട് ഒരു ദിവസം തട്ടുകടക്കാരൊന്നും നോക്കി ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞാൽ കരാറുകാരൻ ഇങ്ങനെ പറയാനുണ്ടാവും ഇത് തന്നെ ഞാൻ വീട് പണയം വെച്ചിട്ടാണ് ഈ ബില്ല് പാസായി വരുന്നത് ഇത്ര പലിശയ്ക്ക് എടുത്തിട്ടാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ പോകുന്നു ഇത് എവിടെയെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ ഓരോരുത്തരും പറയുന്നത് ഇതാണ് ധൃതരാഷ്ട്രം പറഞ്ഞ് ഇത് ശരിയല്ല എന്നറിയാം പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിനനുസരിച്ച് പോകുന്നു അതുകൊണ്ടാണ് ഭാരതത്തില് രാജ്യം ഭരിക്കുന്നവര് രാജർഷികൾ എന്നാ പറയുക അവർ നിസ്സംഗരായിരിക്കണം എന്ന അവരുടെ പരമമായ ലക്ഷ്യം നിസ്സംഗരായിട്ട് കൗവീനധാരികളായിട്ട് ഇറങ്ങി ഒരു മഹാപ്രസ്ഥാനം നടത്തല അവരിറങ്ങിപ്പോക്കാണ് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഒന്നും ഇല്ലാതെ ജനകനെ പോലുള്ള മഹാരാജാക്കന്മാരൊക്കെ അതുകൊണ്ട് പ്ലാറ്റോയുടെ പ്രസിദ്ധമായ റിപ്പബ്ലിക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭരണാധികാരി തത്വജ്ഞാനിയായിരിക്കണം ഭരണാധികാരി തത്വജ്ഞാനിയായാലോ ഈ അഴിമതികൾ ഒന്നും നടക്കില്ല ധ്രുതരാഷ്ട്രവാദത്തിനോട് നിലനിൽപ്പുണ്ടാവില്ല അപ്പൊ ധ്രുതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ ഇതാ എല്ലാറ്റിനെയും ധ്രുതം രാഷ്ട്രം ഇത് ധ്രുതരാഷ്ട്ര തന്റേതല്ലാത്തതിൽ തന്റേതെന്ന ബുദ്ധി വെച്ച് അതിനെ മുറുകിപ്പിടിച്ച് അന്ധമായി മുറുക്കിപ്പിടിച്ചിരിക്കുന്നവൻ തന്റേതല്ല എന്നാലും തന്റേതെന്ന് ഇതെല്ലാറ്റിലും കാണാം നമ്മിൽ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കണം കുട്ടികൾ നമ്മുടേതല്ല ശരിക്കും പറഞ്ഞ എന്നാലും എന്റെ മക്കളാണെന്ന് പറഞ്ഞ് മുറുകി പിടിച്ചു വെച്ചിരിക്കണം നമ്മുടെ കുട്ടികളല്ല നമ്മളിലൂടെ വന്നു എന്നേ ഉള്ളൂ എന്നാലും നമുക്ക് കുട്ടികളോട് ധൃതരാഷ്ട്രത്വമുണ്ട് എന്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കണം അതിലപ്പുറം അവൻ പോകാൻ പാടില്ല ഞാനാണ് അവന്റെ അച്ഛൻ അല്ലെങ്കിൽ ഞാനാണ് അവന്റെ അമ്മ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ മാത്രം നിധിക്കപ്പെട്ടവരാണ് എന്നത് ഞങ്ങൾക്ക് അതിനപ്പുറത്ത് ഉത്തരവുമില്ല മുടി വെട്ടാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ലേ മുടി കുറച്ച് നീട്ടിക്കഴിഞ്ഞാൽ ചോദിക്കും ഇത് എന്തിനാ ഇത്ര കുറച്ചും കൂടെ തൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ താനാണെന്ന് കരുതി വ്യക്തിയില് ധൃതരാഷ്ട്രം എവിടെയൊക്കെയായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തിയിൽ വസ്തുക്കളിൽ ആശയങ്ങളില് അപ്പൊ വ്യക്തികളോടുള്ള നമ്മുടെ സമീപനം കുട്ടികളോട് ഭാര്യയോട് ഭർത്താവിനോട് അച്ഛനോട് അമ്മയോട് ഇതിലൊക്കെ നമുക്ക് അന്ധമായ എൻ്റേതെന്ന ഭാവമുണ്ട് വസ്തുവകകളോടുണ്ട് എന്റെ വീട് എന്റെ കാറ് എൻ്റേത് എൻ്റേത് എൻ്റേത് എൻ്റേതിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ക്ഷീണം ആശയങ്ങളോട് രാഷ്ട്രീയത്തിലൊക്കെ ധൃതരാഷ്ട്രത്തോണ്ട് തൻ്റെ പാർട്ടി താൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം ആ പ്രത്യേക ശാസ്ത്രത്തെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ അപ്പൊ ഇയാൾക്ക് ഇളക്കാം അല്ലേ ആ പാർട്ടിയുടെ കൊടി ആരെങ്കിലും കത്തിച്ചാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ ശരിയാക്കുക കൊടി കാണില്ലേ ആളുകളുടെ എണ്ണം തന്നെ കാണില്ല കൊടി പോയി കഴിഞ്ഞ ചില പ്രത്യേക ശാസ്ത്രത്തോട് നാം അന്തമായി ആ പ്രത്യേക ശാസ്ത്രത്തെ എതിർക്കുന്നവനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു അത് ഞാനായിട്ട് താതാത്മ്യം പ്രാപിക്കുക അപ്പൊ വസ്തുവിനോട് വ്യക്തിയോട് ആശയങ്ങളോട് ഇതിലൊക്കെ നമുക്ക് ധ്രുതരാഷ്ട്രത്വമുണ്ട് ഇതൊക്കെയാണ് ധൃതരാഷ്ട്രൻ ഇരിക്കുന്ന ഇടങ്ങൾ ഇതങ്ങനെ വളർന്ന് വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണെങ്കിൽ രാഷ്ട്ര അഭിമാനം അങ്ങനെയുണ്ട് ഒരമേരിക്കക്കാരൻ ോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് അവൻ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ മുഴുവൻ അമേരിക്കക്കാരും ഇളകും അതുപോലെ തന്നെയാണ് ഇന്ത്യക്കാരനും അത് എത്രത്തോളം ഇളകാറുണ്ടെന്ന് അറിയില്ല അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ കാരണം അപ്പം ഒരു ദേശ ദേശത്തിൽ താൻ ബന്ധിതനാണ് നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് നമ്മളൊക്കെ എത്രത്തോളം ഈ ധ്രുതരാഷ്ട്രത്വം നമ്മുടെ കേരളത്തെ മലീമസമാക്കിയിട്ടുണ്ട് എന്നറിയോ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഒരു ക്ഷേത്രവും ഒരമ്പലവും ഒരു പള്ളിയും ഒരാശ്രമവും ഇല്ലായിരുന്നുവെങ്കിൽ എത്ര സമാധാനം കിട്ടിയേനെ പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായി നിലകൊള്ളേണ്ടുന്ന ഈ ചിഹ്നങ്ങളൊക്കെ ഇന്ന് കേവലം റോഡിന്റെ ഡിവൈഡറുകളായിട്ട് അധപ്പതിച്ചിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മതം ഇത്രയും തരം താഴ്ന്നു പോകുന്നതിൽ അങ്ങേയറ്റത്തെ വേദനയുണ്ട് എന്ന് പറയാ മതങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാവരുത് ഇതൊക്കെ ധ്രുതരാഷ്ട്രത്വമാണ് കാണുമ്പോൾ പേടിയവും പല മതത്തിൻ്റെയും എന്താ പറയുക പല മതങ്ങളും പോ ചടങ്ങുകളൊക്കെ റോട്ടിലൂടെ പോകുന്നത് കാണുമ്പോൾ ഇതൊക്കെ ദ്രുതരാഷ്ട്രത്വമാണ് ആ ജാഥയെ ആരെങ്കിലും ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ധ്രുതരാഷ്ട്രന്മാർ നോക്കുന്നത് കാണും പാവ മെഡിക്കൽ ഷോപ്പിലേക്ക് വളരെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോകുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടല്ല മതം നിലനിൽക്കേണ്ടത് തങ്ങളുടെ ശക്തി കാണിക്കാൻ വേണ്ടി ഒക്കെ ധ്രുതരാഷ്ട്രത്വമാണ് അറിഞ്ഞുള്ളൂ തന്റേതല്ലാത്തതിൽ തന്റേതെന്ന ബുദ്ധിയെ വെച്ചുകൊണ്ട് ലോകത്തിൽ വ്യാപരിക്കുക ആ ധ്രുതരാഷ്ട്രനാണ് ചോദിക്കുന്നത് എന്താ ധ്രതരാഷ്ട്രന്റെ ചോദ്യം ക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ സാമാന്യമായിട്ട് ചോദ്യത്തിനുത്തരം ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ പാണ്ഡുവിന്റെ ആൾക്കാരും എന്റെ ആൾക്കാരും എന്തു ചെയ്തു എന്നാണ് പക്ഷെ ഇതൊന്നും പറയാൻ സ്വാമിക്ക് ഒരു താല്പര്യമില്ല ഇതൊക്കെ നിങ്ങൾക്കറിയാം ധർമ്മക്ഷേത്രത്തിൽ കുരുക്ഷേത്രത്തിൽ അവരെന്താ വന്ന് ബാറ്റ് വിളിക്കുന്നു അവര് വന്ന് അടികൂടിപ്പോയി അങ്ങനെ ഒരു വിഡിത്തരം വ്യാസൻ ധൃതരാഷ്ട്രനെ കൊണ്ട് ചോദിപ്പിക്കുകയോ ഇതാരോട് ചോദിച്ചതാണ് ആരാരോട് ചോദിക്കുന്നതാണ് ചോദ്യം ഒരു ചോദ്യമൊന്നുമല്ല ഇതിൽ കുറേ ചോദ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാം ഏതായാലും സഞ്ജയൻ നാളെ മറുപടി പറയാൻ കഴിഞ്ഞ ദിവസങ്ങളില് ഭഗവത്ഗീതയ്ക്ക് ആമുഖമായി ധ്യാനശ്ലോകത്തെയും മറ്റും നാം കാണുകയുണ്ടായി പതിനെട്ട് പർവങ്ങളിലായി മഹാഭാരതം എന്ന പേരില പേരുകൊണ്ട് വ്യാസൻ വിരചിച്ചിട്ടുള്ള ഇതിഹാസം ഇതിഹാസം എന്ന് പറഞ്ഞാൽ അസ്മിൻ ഇതിഹ ആസ്തേ ഇതി ഇതിഹാസ ഇതിൽ ഇതിഹകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇതിന് ഇതിഹാസം എന്ന് പറയുന്നു ഇതിഹ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ എന്നാണ് മഹാഭാരതമാകുന്ന ഇതിഹാസത്തിലെ മൂല്യങ്ങളെല്ലാം നിലകൊള്ളുന്നത് ഭഗവത്ഗീതയിലാണ് പ്രധാനമായിട്ടും വിതുരവാക്യത്തിലും മറ്റും ഉൾക്കൊള്ളുന്നുവെങ്കിലും ഭഗവത്ഗീതയാണ് അതിന് കേന്ദ്രമായി നിലകൊള്ളുന്നത് എന്ന് പറയാം അങ്ങനെ പതിനെട്ട് പർവങ്ങളോടുകൂടിയിട്ടുള്ള മഹാഭാരതത്തിൽ ഏതൊക്കെയാണ് പതിനെട്ട് പർവങ്ങൾ ഒരാൾ ചോദിക്കേണ്ടായിരുന്നു ഒന്ന് ആദിപർവം ഒന്നാമത്തെ 2 ആദിപർവം രണ്ട് 3 മൂന്ന് വനപർവം പർവം എന്നുള്ളത് വിട്ടാൽ മതി ആദ്യം വോട്ട് എഴുതിയാൽ മതി ആദി സഭ വന വിരാടപർവം ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവം ശല്യപർവം സൗപതിക പർവം സൗപതിക പർവം സ്ത്രീപർവം ശാന്തിപർവം ശാന്തിപർവത്തിലാണ് ഭീഷ്മര് ശരശയയിൽ കിടക്കുന്നത് ശാന്തിപർവം അനുശാസന പർവം അശ്വമേധികാപർവം ആശ്രമവാസികാ പർവം മൗസല പർവം മഹാപ്രസ്ഥാനികാ പർവം സ്വർഗാരോഹണ പർവം ഇതിനെക്കുറിച്ച് ശ്ലോകം തന്നെയുണ്ട് ആദിസഭാവനാഖ്യാനാം വിരാടോദ്യോഗ ഭീഷ്മകം ശ്ലോകം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് പർവ്വങ്ങളെയും എളുപ്പത്തില് മനസ്സിലാക്കാം ആദി സഭാ വനാഖ്യാ വിരാടോദ്യോഗ ഭീഷ്മകം സദ്രോണകർണശല്യശ്ച സദ്രോണകർണശല്യശ സൗക്തികാന്തികം സൗ ീശാന്തികം അനുശാസനമ അനുശാസനമ്യേധിശ്രമവാസി അനുശാസനമേശ്രമവാസി മൗസലശ് മൗസലശ് മക മൗസലശ്ച മഗാതിരോഹം സ്വർഗാധി നാമപദം ജ്ഞേയ നാമപദം ജ്ഞേയധാഷ്ടാദശാമ പദം ജ്ഞേയധാഷ്ടാ അഷ്ടാദ പർവണം മഹാഭാരത വിദ്യോതി ചന്ദസ കീർത്തി എന്നാൽ ഇതാ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു പതിനെട്ട് പർവങ്ങളോട് കൂടിയിട്ടുള്ള മഹാഭാരതം വ്യാസം തന്നെയാണ് എഴുതിയിട്ടുള്ളത് പതിലാ ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആദി സഭ വനാഖ്യാനം വിരാടോ ഉദ്യോഗ ഭീഷ്മകം അനുശാസനം അശ്വമേധിക ആശ്രമവാസികം മൗസലഹ മൗസലച്ച എന്ന് പറഞ്ഞാൽ മൗസല ച മഹാപ്രസ്ഥാനിക സ്വർഗാതിരോഹണം ഇതാണ് ഈ പതിനെട്ട് പർവ്വത്തില് ഇന്നലെ സ്വാമി അബദ്ധവശാൽ തെറ്റായി പറഞ്ഞു തോന്നുന്നുണ്ട് അഞ്ചാമത്തെ പർവ്വമാണ് ഭീഷ്മപർവം എന്ന് ആറാം പർവ്വമാണ് ഭീഷ്മപർവം ഭീഷ്മപർവം പതിമൂന്നാം അധ്യായം ഭഗവത്ഗീതാ പർവമാണ് അപ്പൊ നോക്കുക പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാല് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ശ്ലോകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട അപ്പൊ ഭീഷ്മപർവം പതിമൂന്നാം അധ്യായം മുതല് ഭഗവത്ഗീതാ പർവം ആരംഭിക്കുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ അടുത്ത് ചെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ഭീഷ്മര് ഭീഷ്മരുടെ കഥ കഴിഞ്ഞു ഭീഷ്മര് നിലം പതിച്ചു ഭീഷ്മർ വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭീഷ്മരെ പുകഴ്ത്തിക്കൊണ്ട് ഭീഷ്മരുടെ കഴിവുകളെ മുഴുവൻ പ്രശംസിച്ചുകൊണ്ട് വളരെ വിസ്തരിച്ച് തന്നെ ഭീഷ്മരെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ആ ഭീഷ്മ പിതാമഹൻ നിലം വരിച്ചു ഇത് കേട്ട് ധൃതരാഷ്ട്രൻ ധൃതരാഷ്ട്രന് വിശ്വാസം വരുന്നില്ല ധൃതരാഷ്ട്രൻ പറയാണ് ഒരു ദ്വീപ് പോലെ കൗരവന്മാർ എന്റെ കൗരവന്മാർ ആശ്രയമായി കണ്ട ആ ദ്വീപ് സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയി എന്നാണോ സഞ്ജയ നീ പറയുന്നത് എന്ത് ഗംഭീരായിട്ടാണോ എന്തൊരു കവി ഭാവനയാണ് ധൃതരാഷ്ട്രം നോക്കണം ഒരു ദ്വീപ് പോലെയുള്ള ആ ഭീഷ്മര് പിതാവ് അങ്ങനെയാ പറയുന്നത് ആ സമുദ്രത്തിലേക്ക് അത് താഴ്ന്നു പോയോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു അവസാനം ആരൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക പറയുന്ന കൂട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഭീഷ്മരോട് ധൃതരാഷ്ട്രനോട് പറയണം സഞ്ജയൻ അതായത് രാവിലെ എഴുന്നേറ്റാൽ ഭീഷ്മരും ദ്രോണരും പാണ്ഡവന്മാർ ജയിക്കട്ടെ എന്നാണ് ആശംസിച്ചിരുന്നത് പ്രാർത്ഥിച്ചിരുന്നത് ധ്യാനിച്ചിരുന്നത് എല്ലാ പ്രഭാതവേളയിലും അവർ ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും എന്തായിരുന്നു അത്ര പാണ്ഡവന്മാർ ജയിക്കട്ടെ എന്നാണ് കേവലം അങ്ങേക്ക് വേണ്ടി ഭീഷ്മരും ദ്രോണരും യുദ്ധം ചെയ്തു യുദ്ധം അങ്ങേക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ അവരുടെ മനസ്സ് അവർ ജയമാഗ്രഹിച്ചത് പാണ്ഡവന്മാരുടേതായിരുന്നു എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് വെച്ചാൽ അരൻ അങ്ങ് തെറ്റിദ്ധരിക്കേണ്ട ഇതെങ്ങനെ അറിഞ്ഞു എന്നും സഞ്ജയൻ ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുണ്ട് വ്യാസൻ അതായത് വളരെ ദൂരെ നിന്ന് സംസാരിക്കുന്നത് സഞ്ജയന് വ്യക്തമായി കേൾക്കാം ആകാശഗമനം ആകാശത്തിലൂടെ യാത്ര ചെയ്യുക വളരെ ദൂരെ ഇരിക്കുന്ന യുദ്ധ യോദ്ധാക്കൾ തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നുവോ അത് അറിയാം പക്ഷി മൃഗാദികളുടെ സംഭാഷണം പോലും വേർതിരിച്ചെടുക്കാൻ അറിയാം അപ്പൊ ഈ അറിവൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ അനുഗ്രഹത്താൽ മഹാരാജൻ ഞാനിത് അങ്ങയോട് എല്ലാം തുറന്നു പറയാം ഇങ്ങനെ യുദ്ധത്തിന്റെ വിവരണം ആ പതിമൂന്ന് മുതൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നാലേണ്ട പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പതിമൂന്ന് അധ്യായങ്ങളില് യുദ്ധവിന്യാസം എന്തൊക്കെയാണ് നടന്നത് എന്ന് വിസ്തരിച്ചു പറഞ്ഞു ആര് സഞ്ജയ ധൃതരാഷ്ട്രോട് അത് കഴിഞ്ഞിട്ടുള്ളൊരു ചോദ്യം എന്താ ചോദിക്കുന്നത് ധർമ്മക്ഷേത് കുരുക്ഷേത് സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് നമ്മളാണെങ്കിൽ എന്താ പറയുക അത്രയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ എന്താ പറയേണ്ടത് അല്ലേ ഒന്നും അപ്പൊ ഇതെന്തിനു വേണ്ടിയാണ് ഇതിൽ മറ്റെന്തോ ചില സൂചനകളിൽ ഇതെവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് വ്യാസ ഇതിലൂടെ ഇവിടെ മുതൽ അങ്ങോട്ട് എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടത് എന്ന് പറയുക അല്ലാതെ പറയാൻ കഴിയിട്ടല്ല ഇതിപ്പോ സഞ്ജയന് വിസ്തരിച്ച് തന്നെ പറഞ്ഞു സഞ്ജയൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇതിപ്പോ ഈ ഒരു എന്താ ഈ പറയാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു ഒരാളെ ഡോക്ടറുടെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് വായിക്കകത്താണ് എന്തോ കുഴപ്പം അപ്പൊ ഡോക്ടർ തുറന്ന് പിടിച്ചിട്ട് അതിലൊരു സ്പൂൺ പോലെ ഒരു സാധനം ഉണ്ടല്ലോ അതിട്ട് ഇങ്ങനെ നാവിനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കി അതിലിങ്ങനെ ടോർച്ച് അടിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാം എന്താ കൊഴപ്പം പറയാൻ അദ്ദേഹത്തിന് എന്തു പറയാനും പറയാൻ പറ്റാത്തൊരു നിസ്സഹായ അവസ്ഥയുണ്ടല്ലോ അതല്ല ഇവിടെ ഇവിടെ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു വിസ്തരിച്ചു എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുവെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് എന്താ പറയുക പഴയ കേസുകളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഒന്നുകൂടെ ധൃതരാഷ്ട്രൻ ആഴത്തിലാണ് ചോദിച്ചിട്ടുള്ളത് ഇത് സഞ്ജയൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവത്ഗീത എന്താ ഇത് ആരംഭിക്കുന്നതെന്ന് പറയാം അതോടുകൂടി ഗീതയിൽ ഇതിനു മുൻപ് ഈ മഹാഭാരതത്തില് ഈ പർവത്തില് ഗീതാപർവത്തില് ഒരുപാട് സമയം ധൃതരാഷ്ട്രൻ സംസാരിക്കുന്നുണ്ട് സഞ്ജയനോട് പലതും പലതും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനു മുൻപായിട്ട് ഇന്നലെ സൂചിപ്പിച്ചു വ്യാസനുമായിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് ഈ ഒരു ഒറ്റ ചോദ്യത്തോടുകൂടി ധൃതരാഷ്ട്രൻ ഇതില് എന്താ ധ്രതരാഷ്ട്രന്റെ മരണമാണ് എന്ന് പറയുക ഈ ഒരു ചോദ്യമാണ് നമ്മളും ചോദിക്കേണ്ടത് ഈ ഒരു ചോദ്യം നാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മിലെ ധൃതരാഷ്ട്രത്വവും എന്നേക്കുമായി ഇല്ലാതെയാവും ചോദ്യം ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്ന് പറയാം എന്താണ് ഇവിടെ ചോദ്യം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രയെ ഇനി ആരാണ് ധൃതരാഷ്ട്രൻ എന്ന് വിസ്തരിക്കണം എന്ന് തോന്നുന്നില്ല ചരിത്രപരമായിട്ട് ധൃതരാഷ്ട്രനെ നോക്കിക്കാണുകയാണെങ്കിൽ അംബികയുടെ പുത്രനാണ് അംബികയിൽ വ്യാസന് ജനിച്ച പുത്രൻ തന്നെയാണ് അംബാലികയിൽ പാണ്ഡു ജനിച്ചു ദാസിയിൽ വിതുരനും ജനിച്ചു ഇങ്ങനെ ദാസി പുത്രനായിട്ട് വിതുരനും അംബികയിലും അമ്പാലികയിലുമായിട്ട് ഈ പാണ്ഡുവും ധൃതരാഷ്ട്രനും ചതുർവിധ പുരുഷാർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ഒന്നാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മത്തെ പിതാവായ വ്യാസൻ തന്നെ പ്രതിനിധാനം ചെയ്യുന്നു ധർമ്മം പിന്നെ അർത്ഥം മം മോക്ഷം ധർമ്മത്തെ ഈ ധർമ്മം വ്യാസര് തന്നെ അർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്താ ഈ ധ്രുതരാഷ്ട്രൻ കാമത്തെ പ്രതിനിധാനം ചെയ്യുന്നു പാണ്ഡു മോക്ഷത്തെ വിതുരൻ അല്ലെങ്കിൽ മോക്ഷത്തെ വ്യാസനായിട്ടും പറയാറുണ്ട് മോക്ഷവും ഇത് രണ്ടും വ്യാസരും അമാനുഷികന്മാരാണെന്ന് പറയാം ആ വ്യാസന്റെ അതേ എന്താ പറയുക മഹത്വം വിതുരലുമുണ്ട് അതും വ്യാസൻ കാണിച്ചു തരികയാണ് അതൊക്കെ മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യാസനെ പോലുള്ള ഒരു മഹാതപസ്സിയുടെ തപസ് മുഴുവൻ നിഷ്ഫലമാവുന്നത് വ്യർത്ഥമാവുന്നത് കാണിച്ചു തരിക രിലൂടെ ഈ പാണ്ഡുവിലൂടെയും അല്ലെങ്കിൽ ധൃതരാഷ്ട്രനിലൂടെയും അമ്മ സത്യപതി കുടുംബം അന്യം നിന്നു പോവും ഈ രാജ്യം നാമാവിശേഷമാകും അതുകൊണ്ട് ഭീഷ്മരോട് ആദ്യം പറഞ്ഞു ഈ ഇവരിൽ സന്താനോത്പാദനം ചെയ്യാൻ ആ സമയത്ത് വ്യാസഭഗവാൻ അല്ല എന്താ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിന് തയ്യാറല്ല എന്ന് ഭീഷ്മർ തുടർന്നാണ് വ്യാസനെ വരുത്തുന്നതും വ്യാസരോട് പറയുന്ന സമയത്ത് വ്യാസർ യാതൊരു മടിയും കൂടാതെ അതിനെ സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കാൻ എന്താണ് അധികാരം അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്രം ഭാരതത്തിൽ അങ്ങനെ അതിന് പ്രമാണവും ഉണ്ടോ എന്നൊക്കെയാണെങ്കിൽ ഭാരതത്തിൽ അങ്ങനെ ഉണ്ട് എന്നാണ് നമ്മൾ ആ ഭാഗങ്ങളിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല വേണ്ടത്ര നമ്മൾ ഗവേഷണം നടത്തിയിട്ടില്ല നിയോഗം എന്ന ഒരു ശാസ്ത്രത്തിലെ നിയോഗം എന്നൊരു ധർമ്മമുണ്ട് ഒരു നിയോഗം നിയോഗം അനുസരിച്ച് നമ്മൾ പറയുന്ന നിയോഗമല്ല നിയോഗം അനുസരിച്ച് ഒരാൾക്ക് ഇങ്ങനെ ശ്രേഷ്ഠനായ ഒരുവന് ീ ഒരു സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ധർമ്മം അനുവദിക്കുന്നു എന്നാണ് അങ്ങനെ നിയോഗപ്രകാരമാണ് വ്യാസരെ സത്യവതി വിളിക്കുന്നതും പുത്രോത്പാദനം ചെയ്യാൻ പറയുന്നതും ആ സമയത്ത് വ്യാസർ നമ്മളോടും ഈ മുഴുവൻ ലോകത്തോടും ലോകത്തെ അറിയിക്കുന്നതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മയോടാ പറയുന്നത് സത്യവതിയോട് പറയണു അമ്മ അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ കാലം ആവശ്യമാണ് എന്ന് എന്തുകൊണ്ടെന്നാൽ ഈ അകാലത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലം വേണ്ടത്ര പക്വമാകില്ല എന്ന് പറയാം അത് അതിന് വിചാരിച്ച ഒരു എന്താ പരിശുദ്ധിയൊന്നും അതിനുണ്ടാവില്ല അതുകൊണ്ട് അത് നിഷ്ഫലമാവും അതുകൊണ്ട് കാലം ആവശ്യമാണ് എന്ന് പറയുന്നു എന്തുകൊണ്ടായിരുന്നു വ്യാസൻ കാലം ആവശ്യപ്പെട്ടത് ചോദിച്ചാൽ കാരണം ഈ രണ്ടു പേരും അംബികയും അംബാലികയും അവര് നിങ്ങൾക്കറിയാം മഹാഭാരത കഥ വിസ്തരിച്ചറിയുന്നവരാ അല്ലേ കാശിരാജാവിന്റെ മക്കളായിട്ടുള്ള മൂന്ന് പേര് അമ്പ അംബിക സമ്പാദിക്ക അവരുടെ സ്വയംവരം തീരുമാനിക്കുന്നു സ്വയംവരം തീരുമാനിച്ച സമയത്ത് പല രാജാക്കന്മാരെയും ഈ സ്വയംവരത്തിലേക്കായിട്ട് അവര് എന്താ കുറിപ്പ് കൊടുത്ത് വിളിച്ചിരിക്കുന്നു ഇവിടെ എന്താ വിചിത്ര വീര്യന് ഒരു വിദ്വാൻ ഇവിടെ ഉണ്ട് അയാൾക്കും കല്യാണം ആവാം പോയിട്ട് എന്നാ പിന്നെ വിചിത്രവീരൻ അവിടെ ചെന്നൂടെ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കുള്ള ധൈര്യമോ അല്ലെങ്കിൽ കഴിവോ ഒന്നുമില്ല ആള് വീട്ടിലിരിക്കുക ആരെങ്കിലും ഇവിടെ കന്യകയെ കൊണ്ടു കല്യാണം കഴിക്കാം എന്നൊരാഗ്രഹത്തിൽ ഇവിടേക്ക് അറിയിപ്പൊന്നും വന്നിട്ടില്ലല്ലോ അങ്ങനെയാണ് ഭീഷ്മ പിതാമഹൻ ചെല്ലുന്നത് കാശിരാജാവിന്റെ അടുത്തേക്ക് കാശിരാജാവിനെ കണ്ടപ്പോ തന്നെ ഇവരൊക്കെ വിചാരിച്ചു എന്താ ഇദ്ദേഹമാണെങ്കിലൊരു വലിയ വ്രതമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരാളാണല്ലോ ഇവിടെ എന്താ കാര്യം എന്നായി അദ്ദേഹം എന്ത് ചെയ്തു ഇവരെ അദ്ദേഹം അവിടെ വെച്ച് വലിയൊരു പ്രഭാഷണം നടത്തുന്നുണ്ട് വിവാഹത്തെക്കുറിച്ചൊക്കെ എട്ട് വിവാഹങ്ങളുണ്ട് എന്നും അതില് ക്ഷാത്രവീര്യം കാണിച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാട് മൂപ്പരങ്ങോട്ട് ചെയ്തു നല്ല രാജാക്കന്മാരും യുദ്ധം ചെയ്യാൻ തന്നെ പോയില്ല ഭീഷ്മരുടെ ആ ഭീഷ്മരുടെ മുൻപില് അങ്ങനെ സ്വയംവര പന്തലിലേക്ക് അതായത് സാൽവനെ ഭരിക്കാൻ പോയിട്ടുള്ള തനിക്കിഷ്ടപ്പെട്ട ഒരാളെ ഭരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന രണ്ടു പേരെയാണ് മൂന്ന് പേരെയാണ് ഒറ്റയടിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയാം അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ് വിചിത്രവീരനുമായിട്ട് സംഭവിച്ചിട്ടുള്ളത് ഭീഷ്മരോട് നല്ല പ്രതികാരമുണ്ട് ആർക്ക് ഇവർക്കൊക്കെ തന്നെ അമ്പയ്ക്കുണ്ട് അംബികയ്ക്കുമുണ്ട് അമ്പാലിയയ്ക്കും ഉണ്ട് അമ്പ ഏതായാലും തിരിച്ച് ഭീഷ്മരോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നാ ശരി നീ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അവിടുന്ന് വിട്ടു പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു അത് കഥ വേറെ ഇവിടെ പറയാൻ സ്വാമി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ സ്വയംവരം എന്ന ഒരു പദ്ധതി നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പൂർവികന്മാരായിട്ടുള്ള ഗുരുക്കന്മാരും ആ സ്വാതന്ത്ര്യത്തിനായിട്ട് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട വരനെ വരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് ഒരു കടന്നുകയറ്റം ഉണ്ടായത് ആരുടെ കടന്നുകയറ്റം ഭീഷ്മരുടെ അപ്പൊ നിയമം ചമച്ച നിയമം അറിയുന്ന എല്ലാവരും മിണ്ടാതിരിക്കുകയായിരുന്നു അതുകൊണ്ട് വ്യാസര് കാണുകയാണ് ഇവരിൽ ഈ അമ്പികയിലും അമ്പാലികയിലും ഈ ഒരു രോഷം മുഴുവൻ പുരുഷ വംശത്തോടും നിയമം ചമച്ചിട്ടുള്ള ഈ ഗുരുക്കന്മാരോടുമൊക്കെ തന്നെ അവർക്ക് പുച്ഛമായിരുന്നു കാരണം അവരെ സംബന്ധിച്ച് ശരിക്കും അന്യായമാണ് വളരെ അന്യായമാണ് അവര് അങ്ങേയറ്റം ധർമ്മത്തിൽ നിന്നിട്ടുള്ളവരായിരുന്നു അവർ രണ്ടുപേരും അപ്പൊ വ്യാസനെ പോലുള്ള ഒരാളെ വീണ്ടും സമീപിക്കുക അവർക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യം അതുകൊണ്ട് വ്യാസൻ അത് മനസ്സിലാക്കിയിട്ടാണ് സമയം ആവശ്യമാണ് എന്നത കാലം ആവശ്യമാണ് ഇപ്പൊ അവർക്ക് മുഴുവൻ പുരുഷന്മാരോടും ഒരു അത്രയും പകയാണ് വിദ്വേഷമാണ് അങ്ങനെ ആ വിദ്വേഷത്തിൽ നിന്ന് പകയിൽ നിന്ന് ആ പകയുടെ ഒരു എന്താ പറയുക സമ്മേളനത്തിൽ ഒരിക്കലും ഒരു സത്സന്ധാനം ഉണ്ടാകുന്നതല്ല എന്ന് വ്യാസൻ അറിയാം വ്യാസന്റെ മുഴുവൻ തപസ്സും അതുപോലെ പ്രകടമാകുന്നത് വിതുരനിലൂടെ ഇതൊക്കെ വെറുതെ പോകുന്നു എന്താ വെറുതെയായി തീരുന്നു എന്ന് പറയാം അപ്പൊ വ്യാസൻ പോലും വ്യാസൻ അത്രയും പ്രഗത്ഭനായ ഒരു ഋഷി ആ ഋഷി പോലും ഋഷിയുടെ എന്താ സമ്പർക്കം കൊണ്ടുപോയി അവർക്ക് ഒന്നുമായി തീരാൻ പറ്റായുകാണിച്ചു തരാ ആ ധർമ്മം അർത്ഥം കാമം മോക്ഷം ചതുർവിധ പുരുഷാർത്ഥത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഈ നാലു പേരും അതിൽ ധൃതരാഷ്ട്രൻ എന്ന് നമ്മള് നമ്മിലേക്ക് തത്വവിചാരം ചെയ്യുന്ന സമയത്ത് ആ ശബ്ദത്തിന് ധൃതം രാഷ്ട്രം ഏന സഹ ധൃതരാഷ്ട്ര രാഷ്ട്രത്തെ മുറുക പിടിച്ചവൻ എന്നാണ് അപ്പൊ എന്താണ് രാഷ്ട്രം ഇന്നലെ നമ്മൾ കണ്ടു വസ്തു വ്യക്തി ആശയങ്ങൾ ഇത്യാദികളൊക്കെ അപ്പൊ എപ്പോഴാണ് ഒരുവൻ ധ്രതരാഷ്ട്രനിൽ നിന്ന് മോചിതനാകുന്നത് എന്ന് ചോദിച്ചാൽ ശരീരമനോബുദ്ധി ഉപാധി അല്ല ഞാനെന്ന് എന്നാണ് ഞാൻ അറിയുന്നത് അന്ന് മാത്രമേ ഉള്ളൂ മോചനം മനോബുദ്ധ്യഹംകാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജഗ്രാണ നേത്രേ നജ വ്യോമഭൂമിർ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ മനസ്സല്ല ബുദ്ധിയല്ല അതിൻ്റെ ചേരുവകളൊന്നും തന്നെ ഞാനല്ല അഹം ശിവഹ അപ്പൊ മാത്രമാണ് ഇതിൽ നിന്ന് മോചനം എന്ന് പറയുക അല്ലെങ്കിലോ ശരീര മനോബുദ്ധി ഉപാധികളിൽ ഞാനെന്ന അഭിമാനം ധൃതരാഷ്ട്രത്വം തന്നെയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ധ്രതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പൊ നമുക്ക് എന്തിനോടൊക്കെ ഞാൻ എന്ന ഭാവമുണ്ട് ആ ധൃതരാഷ്ട്രനാണ് ചോദിക്കുന്നത് ഈ ധൃതരാഷ്ട്രനെ ചിമ്മയാനന്ദ സ്വാമികള് ഈ ഗീതയുടെ ആരംഭത്തെക്കുറിച്ച് പറയുമ്പോ സ്വാമിജി പറയുന്നു ഇത് ഒരു ചിത്രശലഭത്തിന്റെ ആദ്യ ഭാവമാണെന്ന് പറഞ്ഞു അതിന്റെ ലാർവ ട്യൂപ്പ എന്നൊക്കെ പറയുമല്ലോ കൂട്ടിനെ അകത്തിരിക്കുന്ന അവസ്ഥ ചുറ്റുപാടിനെ അറിയാത്ത കണ്ണു കാണാത്ത ചുറ്റുപാടെന്തെന്നറിയാതെ കഴിയുന്ന ഒരു അവസ്ഥ ആ അവസ്ഥാ വിശേഷത്തിൽ നിന്ന് ചിറകുകളൊക്കെ വന്ന് പറന്നുയരുന്ന ഒരു ചിത്രശലഭം അതുകൊണ്ട് സ്വാമിജി പറയും സ്വാമിജി പറയുന്നത് ഡാർവിന്റെ സിദ്ധാന്തത്തെ പറഞ്ഞുകൊണ്ടാണ് പറയാറ് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എവിടെയാണ് അവസാനിക്കുന്നത് അവിടെയാണ് വ്യാസന്റെ പരിണാമ സിദ്ധാന്തം ആരംഭിക്കുന്നത് എന്ന് പറയാറ് അത് ഡാർവിന്റെ സിദ്ധാന്തം വാനരൻ നരനാകുന്നതിലൂടെ അവസാനിക്കുന്ന വാനരൻ കൊരങ്ങന്റെ വാ പോയിട്ട് നരനാവുക അത്ര നരനാവുന്നതോടുകൂടി അവൻ അവിടുന്ന് പരിണമിച്ച് പരിണാമത്തിന്റെ പൂർത്തീകരണമാണ് പിന്നെ അവിടേക്ക് പരിണാമമൊന്നുമില്ല പക്ഷെ വ്യാസന്റെ സിദ്ധാന്തം ആരംഭിക്കുന്നത് അവിടെയാണ് നരനിൽ നിന്ന് നാരായണനിലേക്ക് സ്വാമിജി പറയും പുരുഷനിൽ നിന്ന് പുരുഷോത്തമനിലേക്ക് മാനവനിൽ നിന്ന് മാധവനിലേക്ക് ഇങ്ങനെ പുരുഷൻ പുരുഷോത്തമനാകുന്നതിലൂടെ മാനവൻ മാധവനാകുന്നതിലൂടെ നരൻ നാരായണനാകുന്നതിലൂടെ അപ്പോൾ മാത്രമേ പരിണാമം പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ എന്ന അത്തരത്തിലൊരു പരിണാമ പ്രക്രിയയ്ക്ക് രൂപം കൊടുക്കുന്ന തത്വശാസ്ത്രമാണ് ഭഗവത്ഗീത അപ്പൊ ഇതൊരു ചിത്രശലഭത്തിന്റെ ആദ്യ ഭാവത്തെയാണ് ഇവിടെ ധൃതരാഷ്ട്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ധൃതരാഷ്ട്രനിൽ നിന്ന് സഞ്ജയനിലേക്കും സഞ്ജയനിൽ നിന്ന് അർജുനനിലേക്കും അർജുനനിൽ നിന്ന് ഭഗവാനിലേക്കും പരിണമിക്കുന്ന ഒരു പരിണാമ പ്രക്രിയ അതുകൊണ്ട് ഇതിൽ നാല് പേരാണ് ധൃതരാഷ്ട്രൻ സഞ്ജയൻ അർജുനൻ ഭഗവാൻ ധൃതരാഷ്ട്രനിൽ നിന്ന് തുടങ്ങി സഞ്ജയനിൽ നിന്ന് അർജുനനിലേക്കും അർജുനനിൽ നിന്ന് ഭഗവാനിലേക്കും അപ്പൊ ധൃതരാഷ്ട്രത്വം ഗീതാപഠനത്തിന് ഒരു അധികാരിത്വമാണ് എന്തെങ്കിലുമൊക്കെ അറിവില്ലായ്മയും മറ്റും ഉണ്ടെങ്കിൽ അതൊരു യോഗ്യതയാണ് ചിലതിനോടൊക്കെ ഞാനെന്നും എന്റേതെന്നുള്ള ധാരണ നാം വെച്ചു പുലർത്തുന്നുവെങ്കിൽ അത് ഇരിക്കട്ടെ നല്ലതാണെന്ന് പറയും അതിൽ നിന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് പറയാം അതൊരു ചവിട്ടുപടിയായിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പൊ കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്തവൻ എന്ന് നമ്മൾ കണ്ടു ഈ ധൃതരാഷ്ട്രന്റെ ചോദ്യം ധർമ്മ ക്ഷേത്ര ധർമ്മത്തെ നാം കണ്ടു ഈ പ്രപഞ്ചത്തിന് ആധാരമായ പ്രപഞ്ചത്തിലെ പ്രാണിവർഗങ്ങൾക്ക് ശ്രേയസിനുതകുന്നതായ ഏതൊന്നുണ്ടോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് ധാര്യത ഇതി ധർമ്മ ധാരയതി ഇതി ധർമ്മ ധരിച്ചിരിക്കുന്നത് ഏതോ അതാണ് ധർമ്മം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നത് ബ്രഹ്മമാണ് ഈശാവാസ്യം ഇതം സർവം ഈ ഒരറിവിൽ ഏതൊരുവൻ നിലകൊള്ളുന്നുവോ ആ സമയത്ത് അവൻ്റെ ശരീരം ധർമ്മക്ഷേത്രമാണ് ഗുരുവാക്യത്തിലൂടെ ശ്രവണമനന നിധിധ്യാസനത്തിലൂടെ ഞാൻ ആ പരമമായ സത്യമാണെന്നറിയുന്ന വേളയിൽ അറിയാൻ ശ്രമം നടത്തുന്ന വേളയിൽ ഞാൻ ധർമ്മക്ഷേത്രമാണ് ധർമ്മക്ഷേത്രം എപ്പോഴൊക്കെ ഈ അറിവിന് ഈ ശ്രമത്തിനെതിരായി വിരുദ്ധമായി കാമനകളും മറ്റും നമ്മിൽ വന്ന് നിറയുന്ന സമയത്ത് നമ്മുടെ ക്ഷേത്രം കുരുക്ഷേത്രമാണ് കരണാനാം ക്ഷേത്രം ഇത് കുരുക്ഷേത്രം ക്രഞ്ഞ് കരണേ ധാതു ചെയ്യുക ചെയ്യിക്കുന്നു നാം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അറിവിന്റെ നിറവില്ലാതെ നാം ഓരോന്ന് ചെയ്യുന്നു അപ്പൊ അത് യുദ്ധത്തിലാണ് കലാശിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചോദ്യം ധർമ്മക്ഷേത്രേ ധർമ്മക്ഷേത്രത്തിൽ യുയുത്സവ യുദ്ധം ചെയ്യാൻ അണിനിരന്ന് നിൽക്കുന്ന യോദ്ധും ഇച്ചു ഇത് യുയുത്സം യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് മാമകന്മാരും പാണ്ഡവന്മാരും ആദ്യത്തെ ചോദ്യം ഇതാണോ ധർമ്മക്ഷേത്ര യുയുത്സവ മാമകാഹ കിം അകുർവത ഗംഭീര ചോദ്യം ധർമ്മക്ഷേത്രത്തിൽ ധർമ്മത്തിനിരിപ്പിടമായ ഉപനിഷത്തിലും മറ്റും പറയുന്ന ശാന്തിമന്ത്ര ശാന്തിമന്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ ആപ്യായു മമാങ്ക വാക്ാണശ്ചക്ഷു ശ്രോത്രമതോ ബലമിന്ദ്രിയണിച്ച് ച സർവാണി സർവം ബ്രഹ്മോപനിഷതം സർവം ഔപനിഷതം ബ്രഹ്മ എല്ലാം ഉപനിഷതിൽ പറയപ്പെട്ടിട്ടുള്ള ബ്രഹ്മമാണ് എന്നിരിക്കെ ഈ ധർമ്മക്ഷേത്രത്തിൽ അതുകൊണ്ടാണ് പൂർവികന്മാർ കരാഗ്രെ വസതലക്ഷ്മിയൊക്കെ പറഞ്ഞത് നാം തന്നെയാണത് അത് നീയാകുന്നു തത്വമസി അത് നീയാകുന്നു അത് കേട്ടിട്ടാണ് അഹം ബ്രഹ്മാസ്മിയിലേക്ക് എത്തുന്നത് അപ്പൊ ആ ധർമ്മക്ഷേത്രത്തിൽ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നുണ്ട് അതിൽ ആരൊക്കെ ഉണ്ട് അത്ര നമ്മൾ ഈ ഒന്നാം അധ്യായത്തിലേക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോ ഇതിന്റെ ആ സൗന്ദര്യം ഗീത എങ്ങനെയാണ് നാം ഗീതയായി തീരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഒരു കുറച്ചൊരു ശ്രദ്ധ കാണിച്ചാൽ മതി വളരെ കുറച്ച് സംസ്കൃതമൊന്നും അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എങ്കിൽ വിട്ടേക്കും നല്ലതാണ് അത് കൂടുതൽ പിന്നെ അതിന്റെ ദാതും അതും ഇതുമൊക്കെ പിന്നെ സ്വാമി പറയുന്ന എത്ര ശരിയുണ്ട് ശരിയില്ല പിന്നെ അതിലിങ്ങനെ കയറി നിൽക്കും അതെ അത്ര അറിയില്ലയോ അത്രയും നല്ലത് അപ്പൊ ഏകദേശം സമയം ഒരു ഏഴ് മണിയായി എന്ന് അറിയാനുള്ളൊരു വിവേകമുണ്ടെങ്കിൽ ഇത് ധാരാളം മനസ്സിലാക്കാൻ ഏകദേശം സമയം ഒരു ഏഴായിട്ടുണ്ടാവും എന്നൊന്ന് ഊഹിക്കാൻ പറ്റുന്നുവെങ്കിൽ പത സമയം ഏഴ് കഴിഞ്ഞു ഊഹിക്കാൻ പറ്റുന്നുവെങ്കിൽ ധാരാളം പറയാം അത്രയും മതി അത് നമുക്ക് മനസ്സിലാവും അപ്പൊ ധർമ്മക്ഷേത്രത്തിൽ മാമകന്മാർ കിം അക്കുർവത എന്തു ചെയ്തു ആരാണ് മാമകന്മാർ മാമകാഹ പ്രയോഗം തന്നെ ഗംഭീരമാണ് എന്റേത് ഈ ധർമ്മക്ഷേത്രത്തിൽ പരംഭ്രമമായിരിക്കുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരഭൂതമായി വിളങ്ങുന്ന ശക്തിവിശേഷമാണ് നീയെന്ന് ഋഷി ചൊല്ലിയ അറിയേണ്ടുന്ന ഞാൻ ഈ ധർമ്മക്ഷേത്രത്തില് മാമകാഹ എന്റേത് എന്റേത് എന്ന വികാര വിചാരങ്ങൾ കിം അകുർവത എന്തു ചെയ്തു ആരൊക്കെയാണ് മാമകന്മാര് പ്രബലന്മാരായിട്ട് കുറച്ചുപേരുണ്ട് ദുര്യോധനൻ ഒരാചാര്യൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു ധനത്തെ ദുർവ്യയം ചെയ്യുന്നവൻ എങ്ങനെയൊക്കെയാണ് നാം ധനം ദുർവ്യയം ചെയ്യുന്നത് ആരെങ്കിലും ആവശ്യത്തിന് ചോദിച്ചാൽ കൊട്ടിക്കില്ല എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് എന്തൊക്കെ ആവശ്യമില്ലാത്തതുണ്ട് ഇല്ലേ നിങ്ങളെല്ലാവരും പറയാറില്ലേ ആ ഒരാവശ്യമുള്ള സാധനം ഈ വീട്ടിൽ കാണില്ല എന്ന് ഇല്ലേ ആവശ്യത്തിന് നോക്കിയ ഒരു സാധനം ഇവിടെ കാണില്ല ഈ ആവശ്യമില്ലാത്തതാണ് നമ്മൾ മേടിച്ചു കൂട്ടുന്നത് ധനം ദുർവേയം ചെയ്യുന്നു ധനം ലക്ഷ്മിയാണ് ലക്ഷ്മി ദേവിയെ ആരാണ് ദുർവിനിയോഗം ചെയ്യുന്നത് ഞാൻ എത്ര ചെയ്തു എന്റെ കൈകളിലൂടെ ഒന്ന് ദുര്യോധന ദുശാസന് തെറ്റായിട്ടുള്ള ശാസനകൾ പുറപ്പെടുവിപ്പിക്കുന്നവൻ എന്തൊക്കെ ശാസനകളാണ് ഞാൻ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചോദ്യം നമ്മളോടുള്ള ചോദ്യം രാത്രി കിടക്കാൻ നേരത്ത് ചോദിച്ചോളാം ധർമ്മക്ഷേത്രേ മകാഹ യുയുത്സവ മാമകാഹ കെം അകുർവത യുദ്ധം ചെയ്യാൻ അണിനിരന്ന് നിന്ന ഈ അനന്തമാർന്ന അജ്ഞാനജന്യങ്ങളായിട്ടുള്ള ഇവർ എന്താണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത് ദുശാസനം എന്തൊക്കെ തെറ്റായിട്ടുള്ള ശാസനങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിഹ്വാമേ മധുമത്തമാ കർണാഭ്യാം ഭൂരിവിശ്രുവം ജിഹ്വാമേ ജിഹ്വയുടെ അഗ്രത്ത് നാവിന്റെ അഗ്രത്ത് മധുമത്തമാ തേനായിരിക്കട്ടെ കരാഗ്രേ വസദേ ലക്ഷ്മി എന്ന് പറയുന്നത് പോലെ തന്നെ ജിഹ്വാഗ്രേ ശത്രുബാന്ധവാഹ എന്ന് പൂർവി ഋഷി പറഞ്ഞിട്ടുണ്ട് ജിഹ്വാഗ്രേ ശത്രു ബാന്ധവാഹ നാവിന്റെ അഗ്രത്താണ് നിന്റെ ബന്ധുവും ശത്രുവും ഇരിക്കുന്നത് നല്ല വാക്കുണ്ടെങ്കിൽ ഏത് ലോകത്തും പോവാൻ നാം പണ്ടൊരു നാമം ചൊല്ലാറുണ്ടല്ലേ നല്ല വാക്കോതിയിടുവാൻ ത്രാണിയുണ്ടാകേണമേ ഭഗവാനെ എന്നാണ് അതിനും വേണൊരു ധൈര്യം എന്ന് പറയാൻ അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഇരുത്തിയിട്ട് ആ അമ്പല നടയിൽ വെച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് മകന്റെ മടിയില് മകനെ മടിയിലിരുത്തി അവന്റെ വായയിൽ തേൻ കൊടുക്കും തേൻ തേക്കുന്ന സമയത്ത് ഈ ഒരു സങ്കല്പത്തോടും കൂടിയൊക്കെ ആയിരിക്കാം ആണോ അല്ലേ എന്നൊന്നും അറിയില്ല ഏതായാലും പൂർവികന്മാരും കുട്ടിയുടെ വായയില് തേൻ കൊടുക്കുന്നതിൻ്റെ പിറകിലെ താത്പര്യം ഈ സങ്കൽപ്പത്തെ പിതാവ് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് പിതാവ് അല്ലെങ്കിൽ അതിന് സമാനായിട്ടുള്ള ആരെങ്കിലും നിന്റെ നാവിൽ എപ്പോഴും മാധുര്യം ഭവിക്കട്ടെ നിന്റെ വാക്കുകൾ സഹചരില് ഉത്സാഹത്തെ ഉണർവിനെ ഉണ്ടാക്കുന്നതായിരിക്കട്ടെ ശാന്തി ഉണ്ടാക്കുന്നതായിരിക്കട്ടെ അതുകൊണ്ടാണ് ജിഹ്വാഗ് ജിഹ്വാഗ്രെ മധുമത്ത എന്താ പറയാ ഈ കർണാഭ്യാം ഭൂരിവിശ്രുവം എന്ന് പറഞ്ഞത് കർണത്തിൽ കാതുകളിൽ ഭദ്രം കർണേതി ഭദ്രമായത് കേൾക്കട്ടെ നീ പറഞ്ഞിട്ട് വേണം അവർക്കത് കേൾക്കാൻ എന്ന സങ്കല്പത്തിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സങ്കല്പം അതുണ്ടായിരുന്നു എന്നറിയില്ല ആരോ പറഞ്ഞു തേച്ചോളാം ആ എന്നാ കാണിക്കടാം എന്ന് പറഞ്ഞങ്ങോട്ട് തേച്ചു കൊടുത്തു സങ്കൽപ്പം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അച്ഛനെയൊക്കെ കാരണവരെ അടങ്ങിയിരുന്നുള്ളൂ അല്ലെങ്കിൽ അമ്മയെ തള്ള എന്ന് വിളിക്കേണ്ടി വരുന്നത് ഏതൊരു ആ നാവ് തന്നെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് ആ നാവ് കൊണ്ടാണ് അച്ഛനെതിരെ അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ പ്രായം ചെന്നവർക്ക് തന്നേക്കാൾ മൂത്തവരെ എന്തൊക്കെയാണ് എന്നിലെ ദുശാസന് എന്നിലെ ദുശാസനൻ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചു കിം അകുവത ഗീത പതിനായിരം വർഷത്തിൻ്റെ അപ്പുറത്ത് ഏതോ ഒരു ഭൂമിയിൽ ആരോ ആരോടോ പറഞ്ഞതല്ല ഇത് ചോദിക്കുന്ന വേളയിൽ ഗീത സംഭവിക്കുന്നു പ്രസിദ്ധനായ നോവലിസ്റ്റ് മലയാളത്തിലെ മലയാളികൾക്ക് പ്രിയങ്കരനായ സി രാധാകൃഷ്ണൻ തൻ്റെ ഇനിയൊരു നിറകഞ്ചിരി എന്ന നോവലിൽ അർജുനൻ അതിലൊരു അർജുനനുണ്ട് ആ അർജുനൻ അതിലൊരു സ്വാമി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ഗീത എന്ന് പ്രപഞ്ച മനസ്സ് വ്യക്തിയുടെ അഹംബോധത്തിലിരുന്ന് അവന്റെ ആപത്കാല സംശയങ്ങൾക്ക് കൊടുക്കുന്ന മറുപടികളുടെ സംഹിതയാണ് ഭഗവത്ഗീത പ്രപഞ്ച മനസ്സ് വ്യക്തിയുടെ അഹംബോധത്തിലിരുന്ന് ആപത്കാല സംശയങ്ങൾക്ക് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ചോദ്യത്തിനുള്ള മറുപടി തന്നെയാണ് ആ മറുപടികൾ കേൾക്കാൻ തയ്യാറാവുന്ന സമയത്ത് പിന്നെ കുരുക്ഷേത്രമില്ല പിന്നെ യോദ്ധാക്കളില്ല എന്നിലെ ദുഃശാസനം അതായത് ദുർഗുണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് അതുകൊണ്ടാണ് നൂറ്റിയൊന്ന് എന്ന് പറഞ്ഞത് നൂറ്റിയൊന്നിൽ എന്തിനാണ് എത്തിച്ചത് അത് കുറച്ചധികമുണ്ട് എന്ന് നമ്മളൊരു ശ്രമം നടത്തി നോക്കൂ നമ്മുടെ ദുർഗുണങ്ങൾ എഴുതി വയ്ക്കാൻ ചിലപ്പോൾ നൂറ് പേജൊന്നും മതിയാവില്ല കിം അകുർവത രാവിലെ രാത്രിയായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക ധർമ്മക്ഷേത്രേ യുയുത്സവ മാമകാഹ കിം അകുർവത എന്റേത് എന്റേത് എന്ന ചിന്ത എന്റേത് എന്ന ചിന്തകൾ എന്തൊക്കെയാണ് എന്നെ ചെയ്യിച്ചത് ഇതിവിടത്തെ ആർക്കാണില്ലാത്തത് ഇതല്ലേ ഭഗവത്ഗീതയുടെ സാർവലൗകികത ഇതുകൊണ്ടല്ലേ ഭഗവത്ഗീത എല്ലാ അതിരുകളും അതിക്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മതഗ്രന്ഥായിട്ട് അതവിടെ അങ്ങനെ ഇരിക്കും ഇത് പാകിസ്ഥാനിൽ പ്രശ്നമാണിത് ഇല്ലേ എന്നെ എന്തൊക്കെ ചെയ്യിക്കുന്നു പാകിസ്ഥാനിൽ മാത്രല്ല ഇവിടെയും ഇനിയിപ്പോ അത് നാളെ ഒരു സംശയാവും സ്വാമി എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എഴുത്തുവരൂ അതിന് നിങ്ങളതിനെ ഒരുപാട് ആലോചിക്കുന്നത് കൊണ്ടാണ് എവിടെയും ഏത് മതസ്ഥനാണ് ഈ ചോദ്യത്തിൽ നിന്ന് പിന്മാറുന്നത് ആർക്കാണ് ഗീത ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുക ധർമ്മക്ഷേത്ര മാമകാഹ കിം അകുറുവത യുയുത്സവ യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചു നിൽക്കുന്ന എപ്പോഴും എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഇതിനൊക്കെ ഉത്തരം കൊടുക്കുന്നത് മൂന്നാം അധ്യായത്തിലാണ് അർജുനൻ വീണ്ടും വിസ്തരിച്ച് ചോദിക്കുന്നുണ്ട് അത പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ചൻ അഭിവാർഷ്ണേയ ബലാതിവ നിയോജിത ബലാതിവ ആരാണ് എന്നെക്കൊണ്ട് ബലമായിട്ടിത് ചെയ്യിപ്പിക്കുന്നത് എന്നിലെന്താണ് സംഭവിക്കുന്നത് കിം അകുറത എന്നിലെന്താ സംഭവിച്ചത് ഇങ്ങനെ ദുർഗുണങ്ങൾ അല്ലെങ്കിൽ മാമകന്മാർ എന്റേതെന്നുള്ള വികാര വിചാരങ്ങൾ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചു ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തത് ധർമ്മക്ഷേത്ര യുയുത്സവ പാണ്ഡവാഹ കിം അകുവത അപ്പൊ ആ ധർമ്മക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ തന്നെ എത്തി നിന്ന പാണ്ഡവന്മാർ എന്തു ചെയ്തു ആരാണത്ര പാണ്ഡവന്മാര് ആചാര്യൻ വ്യാഖ്യാനിക്കുന്നത് പണ്ടയുള്ളവൻ പാണ്ഡവൻ എന്നാണ് പാണ്ഡുള്ളവൻ എന്നല്ല പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്കിന്നിന് ഉണ്ടാവുന്നത്ണ്ടല്ലോ അതല്ല ഇവിടെ പറയുന്നത് പണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിഷയക ജ്ഞാനം പണ്ട പണ്ഡിതന്റെ ലക്ഷണം ഭഗവത്പാദർ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ഭാഷ്യം ചമയ്ക്കുന്ന സമയത്ത് പറയുന്നത് അങ്ങനെയാണ് പണ്ട ആത്മവിഷയാ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാ ആത്മവിഷയകമായ ജ്ഞാനം ആർക്കാണോ ഉള്ളത് അവരാണ് പണ്ഡിതൻ അപ്പൊ പണ്ടയുള്ളവൻ പാണ്ഡവൻ ആത്മവിഷയകമായ ജ്ഞാനം ആത്മവിഷയ ആത്മവിഷയത്തിലേക്ക് ആത്മാന്വേഷണത്തിലേക്ക് ആത്മാവിനെ അറിയാൻ സഹായിക്കുന്ന മൂല്യങ്ങളെ പാണ്ഡവന്മാർ എന്നെണ്ണ അത് അഞ്ചെണ്ണ എണ്ണത്തിൽ കുറയൂ സദ്ഗുണങ്ങൾ എന്ന് പറയുന്നു അപ്പൊ ഈ സദ്ഗുണങ്ങൾ എന്നിൽ ദുർഗുണങ്ങൾക്കെതിരായി എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുവോ ദുശാസനൻ ഒരു ശാസന പുറപ്പെടുവിപ്പിക്കാൻ വന്ന സമയത്ത് അഥവാ അങ്ങനെ ഒരു ശാസന പറഞ്ഞ് സമയത്ത് ഒരു സോറി പറഞ്ഞ് ഒരു മാപ്പപേക്ഷിച്ച് മേലിൽ അബദ്ധം പറ്റില്ല എന്ന് പറഞ്ഞു പോ അതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൂടെ തന്നെ ഒരാൾ വേണം എന്ന് പറയുന്നതാ സഹധർമ്മിണി എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ ധർമ്മത്തിൽ ചരിക്കാൻ പ്രേരിപ്പിക്കുന്നവളാണ് അദ്ദേഹം എന്ത് പറയാൻ പോകുമ്പോഴും അദ്ദേഹം ഒന്ന് അങ്ങോട്ട് പിടിക്കും നിങ്ങളിപ്പോ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടായോ പറയാൻ പോകുന്ന സമയത്ത് ധർമ്മപുത്രർ ആത്മാവായി പുത്രഹ എന്ന് ശ്രുതി ആത്മാവ് തന്നെയാണ് പുത്രൻ എന്ന് പറഞ്ഞാൽ ധർമ്മം ധർമ്മം പുത്രസമമായിരിക്കുന്ന അതായത് തനിക്ക് കരകതമായി കയ്യിലെ കരതലാമല കയ്യിലെ ഉള്ളൻ കയ്യിലെ നെല്ലിക്ക പോലെ എന്ന് പറയും കരതലാമലകം അതുപോലെ ധർമ്മത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്ന പ്രഭാവം ധർമ്മപുത്രർ ധർമ്മപുത്രർ ഇടപെടുന്നുവോ ഈ ദുര്യോധനാദികളുടെ ചെയ്തികളിൽ എങ്ങനെയാണ് ധർമ്മപുത്രൻ എന്നിൽ സംഭവിക്കേണ്ടത് ഈ ദുര്യ ഈ പറഞ്ഞ ധർമ്മപുത്രരും ഭീമനും അർജുനനും നകുലനും സഹദേവനും ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് ഇവരൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് ധർമ്മം തന്നെയാണ് ധർമ്മത്തെ നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് സഹയജ്ഞ പ്രജാ സൃഷ്ടുവ എന്ന് പറഞ്ഞെടുത്തു യജ്ഞഭാവം കൊണ്ടാണ് ഭീമൻ കർമ്മമായി പറയുന്നു ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണും അർജുനൻ ഋചുത്വം നേരവാ നേര പോവും സഹദേവൻ ദേവൈ സഹ സത്സംഗപ്രിയൻ ഇപ്പൊ നിങ്ങൾ സഹദേവന്മാരാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഗീതാശാസ്ത്രവുമായി അടുക്കുക സത്സംഗമാണ് ഇപ്പൊ നടക്കുന്നത് സഹദേവൻ നകുലൻ നകുലം കുലമില്ലാതെ ഇരിക്കൽ ബ്രഹ്മത്തെ ഭാവന ചെയ്യൽ ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ ബ്രഹ്മഭാവനയ്ക്ക് നിർദ്ദേശിക്കുന്നുണ്ട് ജാതി നീതി കുലഗോത്ര ദൂരകം നാമ രൂപ ഗുണദോഷ വർജിതം ദേശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ജാതി നീതി കുലം ഗോത്രം നാമം രൂപം ഗുണം ദോഷം വർജിതം ദേശകാല വിഷയാതിവർത്തിയത് തത്വം അസി തത്വം അസി ഭാവയാത്മനി ആത്മനി ഭാവയാ സ്വരൂപത്തിൽ ഭാവന ചെയ്താലും ഇങ്ങനെ നാം മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ധ്യാനാവസ്ഥിത മനസ്സിലിരിക്കുന്ന സമയത്ത് നാം നകുലനാണ് അവിടെ നമുക്കൊന്നുമില്ല ഗാഢസുഷുപ്തിയിൽ നമുക്ക് നീതി ഇല്ല കുലമില്ല ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല അടുത്തിരിക്കുന്ന ഭാര്യ കട അടുത്ത് കിടക്കുന്ന ഭാര്യയില്ല അടുത്ത് ഇരിക്കുന്ന കുട്ടിയില്ല ആരുമില്ല ഒന്നുമായി ഒരു ബന്ധവുമില്ല ചിലപ്പോഴൊക്കെ നമുക്ക് ഈ നകുലഭാവം ഉണ്ടാവാറില്ലേ നമ്മൾ പറയാറില്ലേ ഓ ഈ ജാതിയും മതവും രാഷ്ട്രീയവും ഓ എന്തൊരു നാടാകെ ചില സമയത്ത് കുട്ടികൾ ഈ ചെറുപ്പക്കാരെ സൂക്ഷിക്കണം ഇടയ്ക്കിടയ്ക്ക് അവര് നകുലന്മാരാവാറുണ്ട് നകുലവാദം പറയൂ അവര് പറയും അവർക്ക് അവര് പറയും നാരായണ ഗുരുദേവൻ അച്ഛ എന്തൊരു മഹാത്മാവായിരുന്നു അറിയോ അച്ഛൻ അത്ഭുതപ്പെടുക എന്ത് പറ്റി ഇവന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അറിയോ അച്ഛന് അച്ഛന് വലിയ പ്രതീക്ഷയായി ഇവനുണ്ട് നന്നായി ഏതായാലും നന്നായി മോനെ അപ്പോഴാണ് അച്ഛാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ജാതിയിൽ പെട്ടതല്ല അപ്പോഴാണ് നകുലൻ എന്ത് ജാതി എന്ത് മതം സൂക്ഷിച്ചോളെന്ന് പറയാം ഒരു ഇടയ്ക്കൊക്കെ ഉണ്ടാവും ഈ നകുലഭാവവും സഹദേവഭാവവും ഇതൊക്കെ നാം ആർജിച്ച ശ്രവിച്ച് ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ഉൾക്കൊണ്ട അറിവ് ഇനി അങ്ങനെ എവിടെന്നും കേട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ധർമ്മബോധം ധാർമ്മികമായ ചില മൂല്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അത് ഇതിനെതിരായി എന്തെങ്കിലും ചെയ്തുവോ ഇതാണ് ചോദ്യം ധർമ്മക്ഷേത്രേ പാണ്ഡവാഹ കിം അക്കുറവത അവരെന്തു ചെയ്തു ഇനി ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളോ എന്തെങ്കിലും ഞാൻ ചെയ്തുവോ എൻ്റെ ഈ കരചരണങ്ങളെ കൊണ്ട് ഈ വിശ്വത്തിൽ നിന്ന് ഞാൻ എന്തൊക്കെ അനുഭവിച്ചു ആരുടെയൊക്കെ മഹത്തായ തപസ്സിൻ്റെ അവരുടെ ആ തപസ്സൊക്കെ ഏതൊക്കെ പ്രകാരത്തിൽ ശാസ്ത്രകാരനും തപസ് ചെയ്യുന്നവർ തന്നെയാണ് െ പലരും രാഷ്ട്രീയക്കാരും മറ്റും അവരുടെയൊക്കെ നേട്ടം അവരുടെയൊക്കെ തപസ് ഇപ്പോഴത്തെ ആളുകളെ സ്വാമിക്കറിയില്ല ഏതായാലും മുൻപ് ഉള്ളവർ കുറച്ചൊക്കെ തപസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ തപസ്സിന്റെയൊക്കെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് അപ്പൊ നമ്മളെ എന്തെങ്കിലും ഞാൻ ഈ കരചരണങ്ങളെ കൊണ്ട് ഈശാവാസി ഉപനിഷത്തിൽ അവസാനം ഒരു മന്ത്രമുണ്ട് ഓം ക്രതോസ്മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര അല്ലയോ ജീവാത്മാവെ ചെയ്തതിനെ സ്മരിക്കൂ ചെയ്തതിനെ സ്മരിക്കൂ ചെയ്തതിനെ വീണ്ടും വീണ്ടും സ്മരിക്കൂ എന്നാണ് അപ്പൊ നമ്മുടെ ഇന്നലകളിലെ ചെയ്തികളെ സ്മരിക്കാൻ സ്മരിക്കുന്ന വേളയിൽ നമ്മൾക്ക് എന്തെങ്കിലും അത്യുദാത്തമായ ചെയ്തികൾ എന്തെങ്കിലും ഞാൻ ചെയ്തിരുന്നുവോ എന്ന് ഞാൻ എന്നോട് ചോദിക്കുമ്പം ഒരു വൃക്ഷത്തയ്യെങ്കിലും വെച്ചതായിട്ട് എനിക്ക് പറയാനുണ്ടായിരിക്കണം ഒരു വൃക്ഷത്തയ്യെങ്കിലും എവിടെയെങ്കിലും അതുമില്ല പാര മാത്രം പണിതതാണ് അല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അത്ര പരസ്പരം പാര എന്ത ഭാവയെന്താ എന്നാ പറഞ്ഞത് ക്രതോസ്മര രാവിലെ രാത്രി ഇന്ന് രാത്രി നോക്കിയാൽ മതി കിടക്കുന്നതിന് മുമ്പായിട്ട് ധർമ്മക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അക്കുറവത ധർമ്മക്ഷേത്രേ മാമക യുയുത്സവ മാമകാഹ കിം അക്കുറവത യുദ്ധം അനിവാര്യമാണ് ഒഴിച്ചുകൂടാൻ പറ്റില്ല ഈ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് എന്നിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്റെ വികാര വിചാരങ്ങൾ മഹാഭാരതത്തിൽ വളരെ നന്നായിട്ട് പറയുന്നുണ്ട് വിചാരങ്ങളാണ് വാക്കുകൾ എന്താണ് അത്ര വാക്കുകൾ വിചാരങ്ങൾ അപ്പൊ വാക്കുകൾ മുളയ്ക്കുന്നത് എവിടുന്ന വാക്കുകൾ ആരംഭിക്കുന്നത് വാക്കുകൾക്കൊക്കെ ഓരോരോ സ്ഥാനങ്ങളുണ്ട് നമ്മുടെയൊക്കെ അടിത്തട്ടിൽ നിന്ന് ബോധതലത്തിൽ നിന്നങ്ങനെ വരും അത്ര വാക്കുകൾ എങ്ങനെയാണ് വാക്കുകൾ വരുന്നത് വിചാരങ്ങളാണ് വാക്കുകളായിട്ട് ഫലിക്കുന്നത് എന്ന് പിന്നെയോ വാക്കുകളാണ് പ്രവൃത്തി എന്ന് പറയുക ഒരുവന്റെ വാക്കുകളാണ് പ്രവൃത്തി എന്ന് പറയാം പ്രവൃത്തിയാണ് പെരുമാറ്റം പ്രവൃത്തിയാണ് പെരുമാറ്റം പെരുമാറ്റമാണ് അവൻ്റെ സംസ്കാരം സ്വഭാവം ഇപ്പം ഭാരതത്തിലെ ഋഷി ഒരു സംസ്കാരം രൂപപ്പെടുന്നത് വിചാരത്തിൽ നിന്നാണെന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്ര വളരെ അത്യന്താപേക്ഷിതമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് രാജാവിന്റെ പുത്രനാണെങ്കിലും ധനികന്റെതാണെങ്കിലും പാമരന്റെതാണെങ്കിലും ഗുരുകുലത്തിൽ പോയിട്ട് ഇത് വിചാരം ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഒരു സംസ്കാരം രൂപപ്പെടുന്നത് ഇവിടെയാണ് എന്ത് ശ്രദ്ധയോടുകൂടി അതൊക്കെ പറഞ്ഞിരിക്കണമെന്നറിയോ അതുകൊണ്ടല്ല ഈ അസുരസന്ധതിയാണെങ്കിലും പ്രഹ്ലാദനൊക്കെ ഈ സംസ്കാരത്തിലൂടെ വന്നതുകൊണ്ടാണ് നാരദന്റെ സമ്പർക്കം കിട്ടിയേ ഇന്ന് ആധുനിക ശാസ്ത്രം ഈ വഴിയിലൊക്കെ സഞ്ചരിച്ചു തുടങ്ങി ഗർഭിണികൾ നല്ല കാഴ്ചകൾ കാണണമെന്നും അവര് അവരില് മാനസികമായിട്ടുള്ള വിക്ഷേപങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും ഭർത്താവ് നന്നായി പെരുമാറണമെന്നും ഒക്കെ പറയുന്നത് ഭർത്താവ് കുറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടി മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല എന്നാ അവരോട് നല്ല അതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അവരുടെ അവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കണം എവിടെ ചെലവഴിക്കാൻ ഇദ്ദേഹം വളരെ ബിസിയാണ് അല്ലെ ബിസി ബിസിന്ന് പറയാം അവൾക്ക് എപ്പോഴെങ്കിലും ബിസിനിസി എന്ന് പറഞ്ഞാൽ തുണി മേടിച്ചു കൊടുക്കും ഇദ്ദേഹം ബിസി നമ്മൾ ആലോചിക്കാറുണ്ട് എന്താ ഈ സ്ത്രീകൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ തലയ്ക്ക് അടിക്കുന്നുണ്ടല്ലോ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് ഒരു പോലീസിനോട് ചോദിച്ചപ്പോഴ അദ്ദേഹം പറഞ്ഞുണ്ട് നമുക്ക് വലിയൊരു അറിയാനൊരു ആകാംക്ഷയായിരുന്നു എന്താ ഇവരിങ്ങനെ എന്താ അങ്ങനെ സാധാരണ അമ്മമാര് ചെയ്യാൻ അവർക്ക് വളരെ ഇത് കുറവാണ് പക്ഷെ ഇടയ്ക്കാണ് ഈ ചപ്പാത്തി കോലും എടുത്തിട്ട് കൊടുക്കുന്നത് എന്നിട്ട് പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പലയിടത്തായിട്ട് അവർ പോലീസ് പറഞ്ഞു ഒരു കേസ് ഇങ്ങനെയാണ് അത്ര ഉണ്ടായത് അതായത് പിറന്നാളിന്റെ അന്ന് അദ്ദേഹത്തിന്റെ തന്നെ പിറന്നാൾ കുട്ടിയുടെ പിറന്നാളും ഒരേ ദിവസമാണ് അപ്പൊ ഇവരുടെ പിറന്നാൾ അവരങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല ണ്ട് കുട്ടി അച്ഛന്റെയും മകന്റെയും ഒരു ദിവസമാണ് ഒരേ നാളാണ് അപ്പൊ അവർ കാര്യമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാത്രിയാണ് ഇദ്ദേഹം വരുന്നത് എന്നാ എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കി അവരങ്ങനെ കാത്തു നിൽക്കാൻ തുടങ്ങി വന്നതോ വളരെ വൈകിട്ട് എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ജയന്ത് ഭാഷ നിന്റെ ഈ ഉപ്പുമാവ് പോലത്തെ ഫ്രൈഡ് റൈസ് ഒന്നും എനിക്ക് വേണ്ട ഞാൻ ചപ്പാത്തിയും കോഴി ഇറച്ചിയും കഴിച്ചു എന്ന് പറഞ്ഞപ്പം അവർക്ക് അട്ടക്കാൻ പറ്റാത്ത ദേഷ്യം വന്ന് ഇട്ടിത്തു വന്ന് അങ്ങോട്ട് കൊടുത്തു തലമുണ്ടയ്ക്ക് ഇങ്ങനെയാണ് അത്ര ഒരു കേസ് ഉണ്ടായത് സഹിക്കാൻ പറ്റാത്ത ഒരു എന്താ അപ്പൊ ആ സമയത്തും അങ്ങനെയൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ഉള്ളില് ഈ യുദ്ധം നടക്കുമ്പോൾ വിചാരങ്ങള് വാക്കുകളായി വാക്കുകൾ പ്രവൃത്തിയായി പ്രവൃത്തി ഇങ്ങനെ ഈ സംസ്കാരമായിട്ട് പെരുമാറ്റമായിട്ട് രൂപപ്പെടുമ്പം നമ്മുടെ വിചാരങ്ങളിൽ നാം എത്ര ശ്രദ്ധയുള്ളവരായിരിക്കണം അപ്പൊ ബാഹ്യമായ ശിക്ഷാവിധികളെല്ലാം നിഷ്ഫലം എന്നാ പറയുന്നത് അപ്പൊ ഈ വിചാരങ്ങൾക്ക് ശുദ്ധി പകരുന്ന വിചാരങ്ങൾക്ക് ബലം പകരുന്ന അതിന് എന്താ കയ്യും കാലും നൽകുന്ന കേന്ദ്രങ്ങളാണ് ആവശ്യം അതുകൊണ്ടാണ് ശാസ്ത്രവിചാരം പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ധർമ്മക്ഷേത്രേ മാമകാഹ കിം യുയുത്സവ മാമകാഹ കിമക്കുറുവത ധർമ്മക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അക്കുറുവത അതുപോലെ തന്നെ വീണ്ടും പറയുന്നു കുരുക്ഷേത്രേ ഇതേ കാര്യം തന്നെ കുരുക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അകുറുവത കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഞ്ഞ് കരണേ കർമ്മക്ഷേത്രം കർമ്മഭൂമിയിൽ ഒന്ന് സൂക്ഷ്മതലത്തിലാണെങ്കിൽ ഒന്ന് സ്ഥൂലതലത്തിൽ അതായത് വിചാരങ്ങൾ വാക്കുകളായി വാക്കുകൾ പ്രവൃത്തിയാവുന്ന വേളയിലുണ്ടല്ലോ ഭഗവാൻ ഈ കാര്യം നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് കൈമോശം സംഭവിക്കുന്നത് ബുദ്ധിയിൽ നിന്ന് മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കും അതിന് ഭഗവാൻ വളരെ ആലങ്കാരികമായിട്ടാണ് പറഞ്ഞത് ഞാൻ ഈ യോഗത്തെ അഹം വിവസ്വാൻ പ്രോപ്തവാൻ വിവസ്വാൻ പറഞ്ഞു കൊടുത്തു എന്നിട്ടോ വിവസ്വാൻ മനവേ മനു ഇക്ഷ്വാകവേ അബ്രവീത് അതിങ്ങനെയാണ് മൻ തത്വവിചാരം ചെയ്യുമ്പോൾ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഈ പ്രോസസ്സിംഗാണ് നടക്കുന്നത് ഭാരതത്തിലെ ഋഷി സംസാരിച്ചത് ഇവിടേക്ക് ചൂണ്ടിയിട്ടാണ് ബാഹ്യമായിട്ടുള്ളതല്ല അപ്പൊ ആ ബുദ്ധിതലത്തിൽ നിന്ന് മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്കുമുള്ള ഈ പ്രയാണം കൈമോശം സംഭവിക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ട് വിചാരങ്ങൾ വാക്കുകൾ പ്രവൃത്തികൾ അതില് പ്രവൃത്തി മണ്ഡലത്തില് കർമ്മക്ഷേത്രത്തില് കർമ്മഭൂമികയിൽ എന്താണ് നാം ചെയ്യുന്നത് അവിടെ എന്നെ എന്റെ കരചരണങ്ങളിലൂടെ പുറത്തു വരുന്നത് കൗരവന്മാരോ പാണ്ഡവന്മാരോ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കേണ്ടതാണ് അയലത്തുള്ളവരോട് ചോദിക്കേണ്ടതല്ല ഹോ അദ്ദേഹം വന്നിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മളോടാണ് ചോദ്യം നാം ഇരുന്ന് പറയുന്ന സ്വാമി ഉൾപ്പെടെ ചോദ്യം നമ്മളോട്ടാണ് നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർമ്മഭൂമികയിൽ എന്താണ് നാം ചെയ്യുന്നത് കർമ്മക്ഷേത്രേ യുത്സവ മാമകാഹ കിം അകുർവത അവിടെ എന്റേത് എന്റേത് എന്ന ചിന്തയുണ്ടോ എനിക്ക് കർമ്മം ചെയ്യുന്ന സമയത്ത് എൻ്റേത് എനിക്ക് എന്റെ കാര്യം മാത്രം ബാക്കിയുള്ളവരെന്തെങ്കിലും ആവട്ടെ അത് വീടുകളിൽ പോലും കാണാം എന്റെ കാര്യം എന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് കാര്യം എന്റെ ഇതിനാണ് ഏറ്റവും പ്രാധാന്യം എന്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് ക്ലബ്ബിൽ പോണം എനിക്ക് അതുണ്ട് എനിക്കിതുണ്ട് എനിക്ക് പിന്നെ നായ ഡോക്ടറെടുത്തുകൊണ്ടുപോകണം മോഹൻ ഇങ്ങനെ ഡോക്ടർ കുട്ടിക്ക് അവിടെ അസുഖമാണ് അതൊന്നും എനിക്ക് പ്രശ്നമല്ല നായ കുട്ടിക്ക് അസുഖം വന്ന് അതിനു കൊണ്ടുപോകണം മായ കുട്ടിയോടാണ് ഇവര് പറയാ അത്ര സ്പീച്ച് എന്ന് കുട്ടിയോട് ഷട്ടപ്പ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ആക്ടിവിറ്റി ഉണ്ട് ഫ്ലവർ ഷോ അത് ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരാ ഒരാളെയാണ് അത്ര ഒരാള് കല്യാണം കഴിച്ചത് ഒരാളോട് ചോദിച്ചപ്പോ എങ്ങനെയുണ്ട് ജീവിതം പേപ്പർ ആനിവേഴ്സറി നന്നായി നടക്കുന്നത് ഇതെപ്പോഴായിരുന്നു പേപ്പർ ആനിവേഴ്സറി എന്ന് പേപ്പർ ആനിവേഴ്സറി അതെന്താ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു ആനിവേഴ്സറി പേപ്പർ ആനിവേഴ്സറി പലതും വേറെ ഗോൾഡൻ ജൂബിലി പ്ലാറ്റിനും ഇതൊക്കെ സിൽവർ ഒക്കെ കേട്ടിട്ടുണ്ട് ഇതെന്താ ഇത് ആനിവേഴ്സറി കേട്ടിട്ടുണ്ട് പേപ്പർ അതെ അവള് എല്ലാറ്റിനും ഒരു കുറി പേപ്പർ എഴുതി വെക്കുമോ അത്ര ഫ്രിഡ്ജിലുണ്ട് എടുത്തു കഴിച്ചോളണം മേശപ്പുറത്തുണ്ട് എടുത്തു കഴിച്ചോളണം ഇതൊക്കെ ഇപ്പൊ എന്താണ് ഞാൻ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് ഞാൻ ഈ ഓടുന്നത് എൻ്റെ ആക്ടിവിറ്റീസൊക്കെ എന്താണ് ഒന്നിരുന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എല്ലാവരും വീട്ടിൽ ഒരു സമയം വീട്ടിൽ എല്ലാവരും ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ ഈ ശ്ലോകം മാത്രം അതിരക്ഷപ്പെടാം ഈ ശ്ലോകമാണ് ഗീതയുടെ ആധാരം ഇതിൽ നിന്നാണ് പിടിച്ചു കയറുന്നത് മുകളിലേക്ക് അപ്പൊ കർമ്മഭൂമികയിൽ എന്താ ഞാൻ ചെയ്യുന്നത് കിം അകുവത പാണ്ഡവന്മാർ എന്ത് ചെയ്തു അതിലാരൊക്കെയാണ് ഭീമനുണ്ട് വളരെ പ്രധാനപ്പെട്ട ആളാണ് കർമ്മഭൂമികയിൽ ഭീമകർമ്മ എന്നാ പറഞ്ഞത് മൃഗോദര കർമ്മം മഹത്തായ കർമ്മം എന്തൊക്കെ കർമ്മം ചെയ്യുക എന്ത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ കരങ്ങളെ തന്നെ ഇങ്ങനെയാക്കി വെച്ചിരിക്കുന്നത് അല്ലേ എന്തൊക്കെ കർമ്മങ്ങൾ ഞാൻ ചെയ്തു ആലോചിക്കുക എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും ശരിക്കും പറഞ്ഞ ഇടയ്ക്ക് നമ്മൾ വലിയ ഉത്സാഹത്തിൽ ഓരോന്നോരോന്നൊക്കെ ചെയ്യും എന്തൊക്കെ ഞാൻ ചെയ്യണം ആലോചിക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക കർമ്മക്ഷേത്രേ മാമകാഹ കിം അകുർവത മാമകന്മാര് ചെയ്യുന്നുണ്ടോ അതും നോക്കുക എന്റേത് എന്റേത് എന്ന താല്പര്യത്തിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നാരായണ ഗുരുദേവൻ ഇവിടെയാണ് പറയുന്നത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം എന്ന ഭാവത്തോടുകൂടി ചെയ്യുമ്പം അവിടെയെല്ലാം ആരാണ് ചെയ്യുന്നത് പാണ്ഡവന്മാരായിരിക്കും അല്ലെങ്കിലോ അയം നിജ പരോവേത്തി ഗണനാം ലഘുചേതസാം അവൻ ഇവൻ അവൻ്റേത് ഇവൻ്റേത് എൻ്റേത് ഇങ്ങനെയുള്ളവനൊക്കെ അൽപചേതസനാണെന്ന് പറയാം ലഘുചേതസന്മാരും ഉദാരചരിതാനാം തു വസുദേവ കുടുംബകം ഉദാരചരിതന്മാരോ വസുദേവ കുടുംബകം ഈ കുടുംബം ഈ വിശ്വം മുഴുവൻ ഭഗവാൻ്റേതാണ് അതുകൊണ്ട് എനിക്ക് പ്രവൃത്തി ചെയ്യാൻ ഒരുപാട് എന്താ എന്നെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതേ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ നിരന്തരം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര സമവേത യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുറുവത സഞ്ജയ ഹേ സഞ്ജയ പറഞ്ഞാലും ആരാണത്രേ സഞ്ജയൻ സഞ്ജയൻ സഞ്ജയൻ എന്ന് പറഞ്ഞാൽ അതെ ഗൽവണന്റെ പുത്രൻ എന്നാ പറയുന്നത് ഗൽവണൻ എന്ന് പറഞ്ഞാൽ സഞ്ജയന്റെ അച്ഛന്റെ പേരാണ് അപ്പൊ സഞ്ജയൻ എന്ന് പറഞ്ഞാൽ അതിന് ധൃതരാഷ്ട്രനെ തത്വവിചാരം ചെയ്യുന്നത് പോലെ സഞ്ജയനെ തത്വവിചാരം ചെയ്യുകയാണെങ്കിൽ യഹ വിശിഷ്യത ശാസ്ത്രാദിപരിജ്ഞാനേന ബഹിർമുഖതാം ഉപേക്ഷ്യ സഞ്ജയ യഹ യാതൊരുവനാണോ വിശിഷ്യത നല്ലവണ്ണം വിശേഷേണ ശാസ്ത്രാദിപരിജ്ഞാനേന ശാസ്ത്രം ഗുരു മുതലായതിൽ നിന്നുൾക്കൊണ്ട പരിജ്ഞാനം കൊണ്ട് അറിവുകൊണ്ട് ബഹിർമുഖതാം ഉപേക്ഷ ബാഹ്യമായതിൽ ഞാനെന്ന ബുദ്ധിയെ ഉപേക്ഷിച്ചത് സ സഞ്ജയ അവൻ സഞ്ജയൻ സഞ്ജയ നന്നായി ജയിച്ചവൻ സമ്യക്കാകും വണ്ണം ജയം കൊണ്ടവൻ അവൻ ജയിച്ചിരിക്കുന്നു എപ്പോഴാണത്ര ഒരുവൻ ജയിക്കുന്നത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു വിശ്വജിത്ത് എന്ന യാഗം ചെയ്യുമ്പോൾ ഉപനിഷത്തിലെ ഈ യാഗങ്ങളും എല്ലാം അതിൻ്റെയൊക്കെ സിമ്പോളിസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും വിശ്വജിത് എന്ന യാഗമാണ് ഒരുവനെ ഏറ്റവും വലിയ കേമനാക്കുന്നത് എന്താ വിശ്വജിത് യാഗത്തിൻ്റെ പ്രത്യേകത ഈ എല്ലാം ത്യജിക്കലാണ് എല്ലാം തനിക്ക് ഉള്ളത് ഒന്നും ാതെ എല്ലാറ്റിനെയും ത്യജിക്കുന്നതിലൂടെ എല്ലാം ത്യജിക്കുമ്പോഴാണ് ഒരുവൻ വിശ്വത്തെ ജയിക്കുന്നത് എല്ലാം ത്യജിക്കുന്ന ത്യാഗത്തിന്റെ യാഗത്തിന്റെ പേരാണ് ആ യാഗം യാഗം എന്ന് പറഞ്ഞാൽ യജ് എന്നാണല്ലോ യാഗം ത്യജിക്കൽ എന്നാണ് ഇതം എന്ന് പ്രതീകാത്മകമായിട്ട് അഗ്നിയിലേക്ക് അഹവിസ് അർപ്പിച്ചുകൊണ്ട് പറയും ഇത് എന്റേതല്ല അപ്പൊ വിശ്വജിത്ത് യാഗം ചെയ്യുന്നവനാരാണ് ഇതാണ് വിശ്വത്തെ ജയിച്ചവൻ എപ്പോഴാ വിശ്വത്തെ ജയിക്കുക എല്ലാം കൊടുക്കുമ്പോ അങ്ങനെയാണ് ഉപനിഷത്ത് കടോപനിഷത്ത് ആരംഭിക്കുന്നത് പുത്രനെ പോലും യമന് കൊടുക്കുന്നു മര മൃത്യുവിന് കൊടുക്കുമ്പോൾ മൃത്യുവിന് എന്ന് പറഞ്ഞാൽ കൊല്ലം കൊടുക്കുക എന്നല്ല പഠിക്കാം പഠിപ്പിക്കാം അറിയാൻ വിടുക എന്താ അറിയേണ്ടത് ഇവിടെ ലോകത്തിൽ ഒന്നേ അറിയാനുള്ളൂ മരണം മരണം അറിഞ്ഞാൽ പിന്നെ അമൃതനായി മരണം അറിഞ്ഞിട്ടില്ലെങ്കിലും അമൃതനായി